ഗുരു പരമ്പരയിലെ സ്കുന്നിചോവ മണ്ടോ പേപ്പറസ് അദ്വൈത പരമനന്ദൻ 17 ആമതക്കാരൻ സോ സിദ്ധാന്തം വ്യവസ്ഥാസോ دویതേനം നിശ്ചിത ദൃഠം പരസ്പരം വിരുദ്ധ്യന്ദേൈതയെന്ന വിരുദ്ധ്യതേ കപലാദികളുടെ സിദ്ധാന്തത്തെ പിന്തുടരുന്നത് അതിനെ ദ്വൈതമായി സ്വീകരിച്ച് പിന്തുടരുന്നവര് അവർക്കാണ് പരസ്പരം വൈരുദ്ധ്യമുള്ളത് അദ്വൈത ദർശനങ്ങളിലാണ് പരസ്പരം വൈരുദ്ധ്യമുള്ളത് അദ്വൈത ദർശനത്തിന് സ്വയം വൈരുദ്ധ്യമില്ല മറ്റാരോടും വൈരുദ്ധ്യമില്ല മറ്റൊരു ദർശനവുമായിട്ടും അതിന് വൈരുദ്ധ്യമില്ല അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത് അദ്വൈതം സർവത്തെയും ഉൾക്കൊള്ളുന്നതാണ് ഒന്നിനെയും നിരാകരിക്കുന്നതല്ല അതാണ് ഈ ഭാഗത്ത് അദ്വൈതത്തിനെതിരാണ് താൻ പറയുന്നത് അല്ലെങ്കിൽ തനിക്കെതിരാണ് അദ്വൈതമെന്ന് തോന്നുന്നത് ആ അദ്വൈത സിദ്ധാന്തങ്ങളിലുള്ള പരസ്പര വിരോധത്തെയാണ് അദ്വൈതത്തിൽ ഒന്നിനോട് വിരോധമുള്ളത് കൊണ്ടല്ല യേശരമാർത്ഥവും നാന്യേതി തനിരുക്ത പ്രതിപക്ഷം ചാത്മനഃ പശ്യന്താ ദർശനമേവന്യം ഒരു സിദ്ധാന്തത്തോട് പക്ഷപാതം വിചാരിക്കുക ഇവമേവരവും ഞങ്ങൾ ചിന്തിക്കുന്നതാണ് പരമാർത്ഥം അതിനപ്പുറം പറ്റുന്നുണ്ട് വേറൊരു തരത്തിനുമില്ല എന്ന് കരുതുന്നു ഓരോ ദ്വൈത മാർഗങ്ങളെ സ്വീകരിച്ചിട്ട് തത്രതത്ര അനിരക്തഹ അവരവരുടെ സിദ്ധാന്തങ്ങളിൽ അനിരക്തരായിരിക്കും അതിനോട് പക്ഷപാതത്തോടുകൂടിയിരിക്കും അവരുടെ സിദ്ധാന്തങ്ങളിൽ രാഗത്തോടു കൂടിയിരിക്കും പ്രതിപക്ഷം ജാത്മന പശ്യന്ത താൻ പറയുന്ന സിദ്ധാന്തത്തോട് തനിക്ക് മമത വന്നു കഴിഞ്ഞാൽ മറ്റ് സിദ്ധാന്തങ്ങളോടെല്ലാം അതിനക്ഷമായി കാണും അങ്ങനെ കണ്ട് തം ദ്വിഷന്ത മറ്റ് സിദ്ധാന്തങ്ങളെല്ലാം ദ്വേഷിക്കുന്നു അങ്ങനെ ഒരാൾക്ക് ദ്വേഷിക്കണമെങ്കിൽ ഉൾ ഇത്യവം രാഗദ്വേഷപ്പാത രാഗദ്വേഷങ്ങളോട് കൂടിയാലേ പറ്റൂ അദ്വൈത ദർശിക്കുക എങ്ങനെയാണ് രാഗദ്വേഷങ്ങൾ വരുന്നത് രാഗദ്വേഷങ്ങൾ ഉള്ളിലുണ്ടെങ്കിൽ അയാൾ അദ്വൈതിയല്ലേ അത് അദ്വൈതിക്ക് മറ്റ് ദ്വൈതദർശനങ്ങളോടോ വിദ്വേഷ അത് തന്റെ ഉള്ളിൽ അത് ഇല്ലാത്തതുണ്ട് പക്ഷേ ദ്വൈതികൾ അങ്ങനെയല്ല ദ്വൈതികൾ സ്വന്തം സിദ്ധാന്തത്തോട് പക്ഷപാതം ഉള്ളതുകൊണ്ട് മറ്റു സിദ്ധാന്തങ്ങൾ ഉദ്ദേശിക്കും രാഗദ്വേഷങ്ങളുള്ളത് കൊണ്ടാണ് സ്വസിദ്ധാന്ത ദർശന നിമിത്തമേവ പരസ്പരം അന്യൂന്യം വിരുദ്ധന്തി അതുകൊണ്ട് ഈ ദ്വൈത ചിന്താഗതിയുള്ളവർ അവരവരുടെ സിദ്ധാന്തത്തിനനുസരിച്ച് പരസ്പര അന്യോന്യം വിരോധിക്കുന്നു രാഗദ്വേഷങ്ങൾ കൊണ്ട് വിരോധിക്കുന്നു അദ്വൈതത്തിൽ രാഗദ്വേഷങ്ങൾക്കിടയില്ല അതുകൊണ്ട് അദ്വൈത ദർശനം ഒന്നിനും എതിരല്ല ഒന്നുമർച്ചിട്ടുള്ളതാണ് നമ്മുടെ മനസ്സിൽ അങ്ങനെ തോന്നും എന്താണോ സഗുണം വേരെയാണ് നിർഗണം വേരെയാണ് സഗുണത്തിനെതിരാണ് നിർഗുണം അതൊക്കെ പ്രാഥമികമായി അങ്ങനെ ചിന്തിക്കുമെങ്കിലും പരമാർത്ഥത്തിലെ അദ്വൈതം സർവത്തെയും ഉൾക്കൊള്ളുന്നതാണ് അതുകൂടെ ഒരു ഉദാഹരണത്തിലൂടെ അത് വീണ്ടും വെളിപ്പെടും തീരന്യോന്യ വിരോധിഭിർ അസ്മതിയോ അയം വൈദിക സർവന ആത്മീകത്വ ദർശനപക്ഷോ ന വിരുദ്ധ അവർ പരസ്പരം വിരോധിച്ചോട്ടെ ഓരോരുത്തർ ഓരോ ദർശനങ്ങൾ പറഞ്ഞ് തമ്മിലടിക്കട്ടെ എന്നാണ് പേര് അന്യോന്യ വിരോധിപേ അസ്മതിയോയും വൈദിക സർവ അനന്യത്വ സർവത്തെയും കൂട്ടിച്ചേർക്കാവുന്നതാണ് ഈ വൈദികമായ അദ്വൈത ദർശനം എന്തുകൊണ്ട് ആത്മേകത്വ ദർശനം നാനാത്വ ദർശനം വന്നാലേ പരസ്പരം വിരോധം വരുത്തുള്ളൂ ഞാൻ വേറെ നീ വേറെ എന്ന് കരുതുന്നവനാണ് എന്തെങ്കിലും ആശയങ്ങൾ പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്നത് ഇവിടെ എന്താണ് സർവ അനന്മയം സർവത്തോടും അഭിന്നമായിരിക്കുന്നതാണ് അങ്ങനെ ഒരു ദർശനമാണ് ഇവിടെ പറയുന്നത് സർവത്തെ സ്വാംശീകരിക്കുന്നതാണ് ഉൾക്കൊള്ളുന്നതാണ് അതുകൊണ്ട് ഏകത്വ ദർശനപക്ഷം അഭിരുദ്ധി ഏകത്വ ദർശനപക്ഷത്തിന് ഏകത്വ ദർശനമെന്ന ആ പേരുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ തന്നത് ഏതെങ്കിലും ഒന്നിനോട് എതിർക്കുന്ന ഏതെങ്കിലും ഒന്നിനോട് വിരോധിക്കുന്ന ഒന്നല്ല യഥാസ്വഹപാതാതി ശരീരവും ശരീരത്തിന്റെ അവയവങ്ങളും പോര ശരീരത്തിന്റെ ഓരോ അവയവങ്ങളാൽ കൈ വേറെ കാലു വേറെ അപ്പോ കൈകൊണ്ട് കാലം മേലൊന്ന് ചെറിയ ുള്ളാം തിരിച്ചന്ന് ചവിട്ടാം ഇതൊക്കെ ഒരു ശരീരത്തിലുള്ള അവയവങ്ങൾക്ക് പരസ്പരം ചെയ്യാം തലയും കാലം അവയവങ്ങളും ഒക്കെ വേറെ ആയതുകൊണ്ട് അപ്പോൾ ദ്വൈത ദർശനങ്ങളുടെ നില ഇങ്ങനെയാണ് അത് ചെവിയും കണ്ണും മൂക്കും കൈയും കാലും പോലെയാണ് അപ്പോൾ ഇവയ്ക്ക് പരസ്പരം വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കടിക്കുകയോ മാന്ത്വൊക്കെ ചെയ്യാം പക്ഷേ അദ്വൈതം ഏതുപോലെയാണ് ശരീരം പോലെയാണ് ശരീരം എന്ന് പറയുമ്പോൾ എന്താണോ ൂടി കൂടിച്ചേരുന്നതാണ് ശരീരം ഈ എല്ലാ അവയവങ്ങളും ശരീരത്തിന്റെ തന്നെ ഭാഗമാണ് അതാണ് അദ്ദേഹത്തിന് സർവ അനന്വയം അതിൽ നിന്നൊന്നിനെ വേർപിരിക്കാൻ അദ്വൈതമെന്ന് പറയുന്നതിന്റെ താല്പര്യം തന്നെ അതാണ് എല്ലാത്തിനേയും ഉൾക്കൊണ്ടിരിക്കുന്ന ഈ ശരീരത്തിന് എങ്ങനെയാണ് ഇതിന്റെ അവയവങ്ങളോട് വിരോധമുണ്ടാകുന്നത് ഒരു അവയവത്തിനോട് തന്നെ വിരോധം വന്നുകഴിഞ്ഞാൽ പിന്നെ ശരീരമില്ല അപ്പോൾ ദ്വൈത ദർശനങ്ങൾ ശരീരത്തിന്റെ അവയവങ്ങളെപ്പോലെയും അദ്വൈത ദർശനം ഈ ശരീരം പോലെയാണ് ശരീരം എങ്ങനെയാണോ അതിന്റെ അവയവങ്ങളെല്ലാം ഉൾക്കൊണ്ടിരിക്കുന്നത് അതിനൊന്നിനോടും വിരോധമില്ലാത്തത് അവിടെ ഏകത്വബോധമാണ് ശരീരമെന്നും നമ്മൾ ചിന്തിക്കുമ്പോൾ ഏകമാണ് കൈകാലുകളെന്നോ മറ്റോ ശരീരഭാഗങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവിടെ നാനാത്വബോധമാണ് വരുന്നത് നാനാത്വബോധം രാഗദ്വേഷങ്ങൾക്ക് കാരണമാണ് അതുകൊണ്ട് പരസ്പരം രാഗദ്വേഷങ്ങളുണ്ടാകും അതുകൊണ്ടാണ് ഇവിടെ ഭാഷകാരൻ ഈ ഉദാഹരണം പറഞ്ഞത് സർവ്വ അനന്യമാണോ അദ്വൈതത്തിന് എതിരായൊരു ദർശനമില്ല അദ്വൈതത്തിന് ഒന്നിനും എതിർക്കാനും സാധ്യമല്ല ഏകമായത് തന്നെ അവിടെ രാഗദ്വേഷങ്ങൾക്ക് സ്ഥാനമില്ല ആത്യന്തികമായ സിദ്ധാന്തമാണ് ഇവിടെ പറയുന്നത് അതിന്ന് മനസ്സിലാക്കുന്നുള്ള ഒന്നെന്താണോ അദ്വൈതമെന്ന് പറഞ്ഞാൽ ദ്വൈതത്തെ നിഷേധിക്കുന്ന ഒന്നല്ല മറിച്ച് ദ്വൈതത്തെക്കൂടെ ഉൾക്കൊള്ളുന്ന ഒന്നാണ് അതെങ്ങനെ പരസ്പരവിരുദ്ധമായിരിക്കുന്ന രണ്ട് കാര്യങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് ചിന്തിക്കും കാരണം നമ്മൾ പഠിച്ചിരിക്കുന്ന അദ്വൈതമെന്ന് പറയുന്നത് എന്താണോ ബ്രഹ്മസത്യം ജഗത് മിഥ്യ അപ്പോ ജഗത് മിഥ്യയാണെന്ന് പറഞ്ഞ് ജഗത്തിന് തള്ളിക്കളയുന്നു ഇവിടെയാണെന്നാണ് ആവർത്തിച്ച് പറയുന്നത് ഇപ്പൊ സത്യത്തിന് വിരുദ്ധമാണ് മിഥ്യ അപ്പൊ ആടുത്ത് ചിന്തിക്കുമ്പോ അദ്വൈതം അദ്വൈത ദർശനങ്ങളെല്ലാം നിഷേധിക്കുന്നുണ്ടല്ലോ എന്ന് തോന്നുന്നു അത് ആപാദപ്രതി എന്ന് പറയും എന്നുവെച്ചാൽ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ കൊണ്ടാകുന്ന സാമാന്യ ബോധം സാമാന്യമായി അങ്ങനെ ചിന്തിക്കാം പക്ഷെ അതിന്റെ മുഖ്യമായ സിദ്ധാന്തത്തിലേക്ക് വരുമ്പോ എന്താണോ ദ്വൈതം അദ്വൈതത്തിൽ നിന്നും അന്യമല്ല എന്നാണ് ഈ പറയുന്നതിന്റെ താല്പര്യം അദ്വൈതത്തിൽ നിന്ന് അന്യമായൊരു ദ്വൈതമുണ്ടെങ്കിൽ പറയാം അദ്വൈതമേ ഇല്ലെന്നും കാരണം അദ്വൈതം അദ്വൈതത്തിൽ നിന്ന് ഭിന്നമായൊരു ദ്വൈതം രണ്ടായി രണ്ടായിരത്തി അദ്വൈതം അദ്വൈതം അദ്വൈതത്തിൽ അനന്യമാണ് അദ്വൈതത്തിൽ നിന്ന് അതിനെ വേറെ ഇരിക്കാൻ പോയി അന്നേ അദ്വൈതമെന്ന് പറയുന്ന അങ്ങനെ നിലനിപ്പോളൂ അതുകൊണ്ടാണ് ദ്വൈതത്തെ അവിടെ കൽപ്പിതം അല്ലെങ്കിൽ ആരോപിതമെന്ന് പറയുന്നത് ആരോപിതമെന്തോ അത് അധിഷ്ഠാനത്തിൽ നിന്ന് വേറെയല്ല തന്നെ പ്രപഞ്ചം ബ്രഹ്മത്തിൽ നിന്ന് വേറെയല്ല ഉദാഹരണത്തിൽ അത് വ്യക്തമാക്കും വേറെയല്ല പുടം സ്വർണത്തിൽ വേറെയല്ല ആഭരണം സമ്മതത്തിൽ നിന്ന് വേറെയല്ല തിരാ എന്ന് പറയുന്നത് പോലെ അവിടെ അഭേദത്തെയാണ് പറയുന്നത് ഇന്ന് നിഷേധിക്കുന്നതോ നിഷേധിക്കുന്നുണ്ടല്ലോ നേനാസ്തി കിഞ്ചന എന്നും മറ്റും പറഞ്ഞ് നിഷേധിക്കുന്നുണ്ടോ അപ്പോ നിഷേധവാക്യങ്ങളും പറയുമെന്താണോ ഇവിടെ നിന്ദിക്കുന്നത് നിന്ദിക്കുന്നതിന് വേണ്ടിയിട്ടല്ലോ നമ്മൾ സാധാരണഗതി നിഷേധിക്കുന്ന നിഷേധിക്കാൻ വേണ്ടിയിട്ടേ ഇവിടെ നിഷേധിക്കുന്നത് എന്താണോ നാനാത്വബോധത്തെ നിഷേധിക്കാൻ വേണ്ടിട്ടാണ് ഇവിടെ പറയുന്ന രാഗദ്വേഷങ്ങളും പരസ്പരമുള്ള കലഹങ്ങളിൽ നിഷേധിക്കാണ് ആ നിഷേധത്തിലൂടെ എന്താണ് ഇതിനെ ഏകത്വത്തെ ബോധിപ്പിക്കേണ്ടത് അപ്പൊ നിഷേധിക്കാൻ വേണ്ടിയുള്ള നിഷേധമല്ല ഏകത്വത്തെ അദ്വൈതത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നിഷേധം ഫലത്തിലെന്തായിത്തീരുന്നു അദ്വൈത ബോധനമായിത്തീരുന്നു ആ അദ്വൈത ബോധനത്തിൽ രാഗദ്വേഷാദികൾക്ക് നിഷേധിച്ചില്ലെങ്കിലോ ഇവിടെ നാനാത്വബോധം നിലനിൽക്കും ആ നാനാത്വബോധത്തെ ആശ്രയിച്ച് രാഗദ്വേഷങ്ങൾ വരും പരസ്പരം കലഹിക്കും ആ കരഹത്തിന് ഒഴിവാക്കാൻ രാഗദ്വേഷങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നിഷേധിക്കുന്നതല്ല നിഷേധിക്കാൻ വേണ്ടിയിട്ടില്ല അതുകൊണ്ട് ഈ ഉദാഹരണം പറഞ്ഞെന്താണ് ശരീരവും ഹസ്തപദാദികളെ പോലെയാണ് ഏത് ചിന്താഗതിയെയും അദ്വൈതത്തിന് ഉൾക്കൊള്ളാൻ കഴിയും അതൊന്നും അദ്വൈതത്തിൽ നിന്ന് വേറെ അല്ല ഇവിടെ ഒന്നും തന്നെ അദ്വൈതത്തിൽ നിന്ന് വേറെ ആയിട്ടില്ല അങ്ങനെ വന്നാൽ അദ്വൈതത്തിന് നിലനിൽപ്പില്ല അങ്ങനെ വേറെ വരുന്നതെന്തോ അതിനാണ് ദ്വൈതം എന്ന് പറയുന്നത് ആത്മ ഏകത്വ ബുദ്ധിരേവ സംശനം അതുകൊണ്ട് രാഗദ്വേഷാദിദോഷ അനാസ്പദത്വ രാഗദ്വേഷാദിദോഷങ്ങൾക്കിവിടെ ഒരാശ്രയവുമില്ല അദ്വൈതത്തെ സംബന്ധിച്ച് ശങ്കരാചാര്യനെ കുറിച്ച് സാറിന് പറയും എന്താണോ വാദപ്രതിവാദം നടത്തിയ ആളാണ് മറ്റുള്ളവരെയൊക്കെ പരാജയപ്പെടുത്തിയ ആളാണ് സർവച്ഛ പീഠം എന്ന് പറയുമ്പോൾ വാദപ്രതിവാദങ്ങളുടെ രാഗദ്വേഷപ്രേരിതമായി മറ്റുള്ളവരെ പരാജയപ്പെടുത്താനും തനിക്ക് ജയിക്കാനും വേണ്ടി വാദപ്രതിവാദം നടത്തിയ നമ്മൾ ധരിച്ചിരിക്കുന്നത് അതേ ആചാര്യസ്വാമികളാണ് ഇവിടെ പറയുന്നത് എന്താണോ ഇത് രാഗദ്വേഷാദി ദോഷങ്ങൾക്കാസ്പദമായ ഒന്നല്ല താൻ പറയുന്ന സിദ്ധാന്തം അവിടെ രാഗദ്വേഷാദികളൊന്നുമില്ല പിന്നെ താൻ പറയുന്നതോ അദ്വൈതത്തെ ബോധിപ്പിക്കാൻ വേണ്ടി പറയുകയാണ് അദ്വൈതത്തെ ബോധിപ്പിക്കുമ്പോൾ അവിടെ നാനാത്വത്തെ നിഷേധിക്കേണ്ടി വരുന്നു ആ നാനാത്വത്തിന്റെ നിഷേധം ഫലത്തിൽ അദ്വൈതത്തിലാണ് അദ്വൈതത്തിൽ പര്യവസാനം ചെയ്യും അദ്വൈതത്തിൽ അവസാനിക്കുന്നതുകൊണ്ടവിടെ രാഗദ്വേഷാദികൾക്ക് നിലനിൽപ്പിന് ഇടയില്ല ഒന്നിനെ അതല്ല ശരിയല്ല ശരി ഇന്നതാണെന്ന് പറയുന്നോണ്ട് അവിടെ രാഗദ്വേഷാദികളൊന്നും ഉണ്ടാവില്ല കാരണം ശരിയല്ലാന്ന് നിഷേധിക്കുന്നതിനും എന്തിനു വേണ്ടി നിഷേധിക്കുന്നു അദ്വീതത്തിൽ അതിനെക്കൂടി ഉൾക്കൊള്ളാൻ വേണ്ടി നിഷേധിക്കുകയാണ് അതുകൊണ്ട് അവിടെ രാഗദ്വേഷും നിലവിന്റെ എന്തുകൊണ്ട് ആത്മീകത്വബുദ്ധി ആ നിഷേധങ്ങളെല്ലാം ആത്യന്തികമായി ആത്മീകത്വബുദ്ധിയറപ്പിക്കാൻ വേണ്ടിയാണ് ആത്മീയത്വബുദ്ധിയിൽ എങ്ങനെയാണ് രാഗദ്വേഷങ്ങൾ വരുന്നത് പറഞ്ഞല്ലോ ദ്വിദ്യാ ദ്വൈ ഭയം രണ്ടുള്ളടത്തെ ഭയാദി വികാരങ്ങളോ രാഗദ്വേഷാദി വികാരങ്ങളോ അവിടെ കാമക്രോധങ്ങളുണ്ട് ഏകത്വത്തിൽ എങ്ങനെയത് വരും ഏകത്വ ദർശിക്കുക ഏകത്വ ദർശനത്തിനും അങ്ങനെ രാഗദ്വേഷങ്ങൾക്ക് നിലയില്ല അതുകൊണ്ട് രാഗദ്വേഷാദികളാൽ പ്രേരിതമല്ല ഈ ദർശനം അതുകൊണ്ട് അദ്വൈതം സമ്യക് ദർശനം അദ്വൈതം സമഗ്ര ദർശനമാണ് എന്നാണ് ഈ പറയുന്നതിന്റെ സ്വദ്ധാന്തം വ്യവസ്ഥ സു ദ്വൈതിന് നിശിതൃ പരസ്പരം വിരുദ്ധ്യത്തെ അദ്വൈതം പരമാവൈതം തദ്ദേദ ഉച്ചാ ഉഭേദ ദ്വൈതം അതിനൊരു ഹേതു പറയുകയാണ് അദ്വൈതവും ദ്വൈതവും പരസ്പര വിരുദ്ധമെന്നാണ് സാധാരണ തോന്നുന്നത് അങ്ങനെ ഒരു പ്രതീതിയുണ്ട് മനസ്സിൽ അതല്ല എന്നൂടെ പറയുന്നു ദ്വൈതം അദ്വൈതത്തിന്റെ ഭാഗമെന്നാ പറയുന്നത് എങ്ങനെ അതിനെന്താ ഹേതു പറയുന്നു അദ്വൈതം പരമാർത്ഥോഹി യുതം നാനാത്വം തസ് അദ്വൈത ഭേദ തസ് കാര്യം പറയും അദ്വൈതം എന്ന് പറഞ്ഞാൽ എന്താണ് പരമാർത്ഥമാണ് സത്യമാണ് ദ്വൈതമോ അതായത് നാനാത്വം അദ്വൈതത്തിന്റെ ഭേദമാണ് ഭേദം എന്ന് പറഞ്ഞാൽ അദ്വൈതത്തിന്റെ തന്നെ ഭാഗമാണ് ശരീരത്തിന്റെ ഭാഗമായിരിക്കുന്ന എങ്ങനെയാണോ അവയവങ്ങൾ അതുപോലെ അത് അദ്വൈതത്തിന്റെ ഭാഗമാണ് അതിന്റെ കാര്യമെന്ന് പറഞ്ഞു കാര്യമെന്ന് പറഞ്ഞാൽ എങ്ങനെ ഏകമായിരിക്കുന്ന ആ പരമാർത്വ സത്യത്തിൽ പ്രകടമാകുന്നതാണ് ഈദ്വൈത ദൃശ്യങ്ങളല്ല വേറൊരു തരത്തിൽ പറഞ്ഞ ഇനിയും പറയും എന്താണോ ഇത് ചിത്തസ്പന്ദനമാണ് വേദം എന്ന് പറയുന്നത് തുര്യന്റെ ചിത്തസ്പന്ദനമാണെന്ന് പറഞ്ഞു തുര്യന്റെ ചിത്തസ്പന്ദനം തുര്യനിൽ നിന്ന ചിത്തസ്പന്ദനമായോണ്ട് അതിന് കാര്യം പറയുന്നു അതിന്റെ ഭേദമെന്ന് പറയുന്നു അത് അതിന്റെ സ്പന്ദനമായിരിക്കെ അതിനെങ്ങനെ അതിൽ നിന്ന് വേറിട്ട് നിൽക്കാൻ പറ്റും തുര്യനിൽ എങ്ങനെ വേറിട്ട് നിൽക്കാൻ പറ്റും പരമാർത്ഥത്തിൽ നിന്ന് അന്യമാകും അത് അനന്യത്വമാകും മുഖ്യമായ സിദ്ധാന്തമാണ് അനന്യത്വം അല്ല അന്യമാണെന്ന് ചിന്തിക്കാൻ നിവൃത്തിയില്ല അന്യമായും നിലനിൽക്കുന്നില്ല ഈ സർവപ്രപഞ്ചപ്രതിഭാസവും അതിന്റെ പരമകാരണമായ പരമാർത്ഥ സത്യത്തിൽ നിന്ന് അനന്യമാണ് രജുവരെ സർപ്പമെന്നൊക്കെ പറയുന്നേകുമ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിൽ രണ്ടുപേരും എന്താണ് ഒരു രജുവും വേറൊരു സർപ്പവും പക്ഷെ അത് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഒന്നു വരാൻ വേണ്ടിയിട്ടാണ് രണ്ടു വരാൻ വേണ്ടിയിട്ടല്ല എന്തുകൊണ്ട് സർപ്പം രജുവിൽ നിന്ന് അന്യമല്ല പിന്നെ ദ്വൈത നിഷേധം എന്ന് പറയുന്ന എന്താണ് ആ ശ്രോതാവിന്റെ മനസ്സിൽ ഇരിക്കുന്ന ദ്വൈതബോധം അത് ദൃഢമാണ് അവന്റെ മനസ്സിൽ അന്യമായി ചിന്തിക്കാൻ കഴിയുന്നു തന്നിൽ അന്യമായി മാത്രമേ ഈ പ്രപഞ്ചത്തെയും ഇവിടെ പറയുന്ന ഈ ഭാഗങ്ങളെയും ചിന്തിക്കാൻ കഴിയുന്നുള്ളു അപ്പൊ അതിനെ അദ്വൈതമാക്കാൻ വേണ്ടിയിട്ടാണ് ആദ്വൈതഭാവത്തെ നിഷേധിക്കുന്നത് ഭേദത്തെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത് അതാണ് അടുത്തു പറയുന്നത് ഏകമേവ അദ്വിതീയം ഇവിടത്തെ പരമാർത്ഥമായ സിദ്ധാന്തം എന്താണ് ഏകമേവ അദ്വിതീയം അവിടെ പിന്നെ ഇവിടെ രാഗദ്വേഷങ്ങൾക്ക് സ്ഥാനം എന്നാണ് ചോദിക്കുന്നത് അത് ആ പരമാർത്ഥ സത്യം അതിൽ നിന്നാണ് സൃഷ്ടി സൃഷ്ടി എങ്ങനെ അതിൽ നിന്ന് അന്യമാകും ഉപപത്യേഷ്ട ഇത് ശ്രുതി പറയുന്ന വ്യക്തി അനുസരിച്ചും ചിന്തിക്കാം എന്താണ് സ്വ ചിത്തസ്പാവേ സമാധോ മൂർച്ഛായം സുഷുപ്തോ ചാവ പറഞ്ഞല്ലോ ഇത് തുരിയന്റെ ചിത്തസ്പന്ദനമാണ് ആ ചിത്തസ്പന്ദനത്തിൽ പ്രപഞ്ചം ും ആ പ്രപഞ്ചം പ്രതീതമാകുന്നു ചുറ്റസ്പന്ദനത്തിൽ ജീവൻ ഉൾപ്പെടെയുള്ള പ്രപഞ്ചഭാവങ്ങൾ പ്രകടമാകുന്നു അതിന്റെ ഭാഗമായിരിക്കുന്ന ജീവൻ തന്റെ ഭാഗമായിരിക്കുന്ന പ്രപഞ്ചത്തെ അറിയുന്നു ഇതാണ് ദ്വൈതം എന്ന് പറയുന്നത് എവിടെയാണോ സ്പന്ദനം ഇല്ലാത്തത് അവിടെ ഈ പ്രപഞ്ചമില്ല പ്രപഞ്ചാനുഭവം ഇല്ല എവിടെയൊക്കെയാണ് സമാധും സമാധിയും ചിത്തസ്പന്ദനമില്ല ചിത്തസ്പന്ദനത്തെയും നിരോധിച്ചിരിക്കുന്ന നിറവികൽപ്പ സമാധിയും അവിടെ ഇല്ലെന്ന പ്രപഞ്ചം ആ പ്രപഞ്ചത്തിന്റെ ഇല്ലായ്മയെ സംബന്ധിച്ച് സമാധിയും മൂർച്ചയും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല മൂർച്ച എന്ന് പറഞ്ഞാൽ ബോധം കെട്ടുപോകുക ആരെങ്കിലും തല കിട്ടൊരടി തന്നുകഴിഞ്ഞാൽ ബോധം കെട്ടുക അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ ബോധം കെട്ടുന്ന ആയാലും അത് സമാധി തമ്മിൽ വ്യത്യാസമൊന്നുമില്ല അത് പ്രപഞ്ചസ്പന്ദന അഭാവത്തിൽ വ്യത്യാസമൊന്നുമില്ല അതുകൊണ്ട് പറയുന്നു സമാധിയുടെ മൂർച്ചയിൽ ബോധം കിട്ടുന്ന സമയത്ത് എന്താണോ ചിത്രസ്പന്ദനമില്ല പ്രപഞ്ചമില്ല പിന്നെ സുഷുപ്തവും സുഷുപ്തിയിലോ പ്രാജ്ഞനായി സ്ഥിതി ചെയ്യുമ്പോൾ അവിടെയും പ്രപഞ്ചഭാനമില്ല ഇവിടെയെല്ലാം അദ്വൈതമാണ് ആ ജീവനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അദ്വൈതമാണ് അദ്വൈത സ്ഥിതിയാണ് പരമാർത്ഥ സ്ഥിതിയാണ് ഇവിടെ പ്രപഞ്ചഭാനം പരമാർത്ഥം തന്നെ സമാധിയായാലും ശരി മൂർച്ചയായാലും ശരി ഭാഷികാരൻ നിരവധി സ്ഥലത്ത് ഇതിനെ മൂന്നിനെ ഒരേപോലെ പറയും എന്ന് പറഞ്ഞ എൻ്റെ അടുത്ത് സമാധിയിൽ സുഷുപ്തിയും മൂർച്ചയും തമ്മിൽ വ്യത്യാസമില്ല എന്നുള്ളതല്ല മൂന്നും മൂന്നവസ്ഥയാണ് പക്ഷെ ഇവിടെ പറയുന്ന എന്താണ് ചിത്തസ്പന്ദന അഭാവം എന്നുള്ളതാണെങ്കിൽ മൂന്നും ഒരുപോലെയാണ് സമാധി എന്ന് അഭ്യാസം കൊണ്ട് നേടിയെടുക്കുന്നതാണ് സുഷുപ്തി എന്ന് പറയുന്നത് സ്വാഭാവികമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് മൂർച്ഛ എന്ന് പറയുന്നത് പ്രത്യേകം എന്തെങ്കിലും ഹേതു കൊണ്ട് സംഭവിക്കുന്നതാണ് ആ തരത്തിൽ മൂന്നിനും വ്യത്യാസമുണ്ട് പക്ഷെ ചിത്രസ്പന്ദനാഭാവം ഈ മൂന്ന് സ്ഥലത്ത് ഒരുപോലിരിക്കുന്നു പ്രപഞ്ചാഭാവം ഈ മൂന്ന് സ്ഥലത്തിനും ഒരുപോലെ ഇരിക്കുന്നു അതുകൊണ്ട് ഏതമ്യ വാർദ്ധ്യം എന്ന് പറയുന്നത് ദൃഷ്ടാന്തമായിട്ട് ദൃഷ്ടാന്തമാണ് ഉദാഹരണമായിട്ട് ഈ മൂന്നിനെയും എടുത്ത് കാണിക്കാം അവിടെ പ്രപഞ്ചം അനുഭവപ്പെടുന്നില്ല അതഹ തദ്ദ വി അത് കഴിഞ്ഞ് ജാഗ്രത്തിലേക്ക് വരുമ്പോൾ സ്വപ്നത്തിലേക്ക് വരുമ്പോൾ അവിടെ പ്രപഞ്ച പ്രതീതി ഉണ്ടാകും ആ പ്രപഞ്ചപ്രതീതി അത് ആ സുഷത്തോ പ്രാജ്ഞനൽ നിന്നോ ആ സമാധിസ്ഥനായ ജീവനൊന്നോ അതന്യമല്ല അനന്യമാണ് അതുകൊണ്ടിവിടെ അദ്വൈതം പരമാർത്ഥമാണ് അദ്വൈതത്തിന്റെ ഭേദമാണ് ദ്വൈതം എന്നുവെച്ചാൽ അതിന്റെ തന്നെ ഒരു ഭാഗമാണ് അദ്വൈതത്തിന് സ്വീകരിക്കാവുന്ന ഒന്നാണ് അദ്വൈതത്തിന് ഉൾക്കൊള്ളാവുന്ന ഒന്നാണ് രണ്ടും പരസ്പരം വാളെടുത്ത് യുദ്ധം ചെയ്യാൻ നിൽക്കുന്ന രണ്ട് യോദ്ധാക്കളെ പോലെ അല്ല എന്നാണ് പറയുന്നത് ഒന്നും മറ്റൊന്നിൽ അന്തർഭവിച്ചു പോകും അദ്വൈതത്തിൽ ദ്വൈതം അന്തർഭവിച്ചു പോകും അതിനൊരു ദൃഷ്ടാന്തം പറഞ്ഞതാണ് കുടിപ്രതി മൂർച്ഛാധിക ആ ദൃഷ്ടാന്തം എന്തുണ്ട് പറഞ്ഞു നമ്മുടെ എല്ലാം അനുഭവത്തിൽ നിന്നുകൊണ്ട് ആർക്കും ചിന്തിക്കാവുന്നതാണ് സുശുതിയും മൂർച്ചയും സമാധി യോഗികൾക്ക് അനുഭവപ്പെടുന്നതാണ് അവിടെയെല്ലാം ഇതാണ് ം നിലനിൽക്കുന്നില്ല ചിത്തസ്പന്ദനമില്ല ദ്വൈതനാന്തേഷാംസ്റ്റ് അപരമാർത്ഥദാവിദ്വൈതമേവ ദ്വൈതികളെ സംബന്ധിച്ചിടത്തോളമാണെങ്കിലോ അവർ പരമാർത്ഥമായി ചിന്തിച്ചാൽ മിഥിയായി ചിന്തിച്ചാലും അവർക്ക് ദ്വൈതത്തെ അംഗീകരിക്കേണ്ടി വരും ഇവിടെ ഭ്രമത്തെ അംഗീകരിച്ചു കഴിഞ്ഞാൽ കൽപ്പനയെ ആരോവിധമായി ഒന്നിനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ അത് അദ്വൈതമായി ശരിയായ ദ്വൈതികൾ ബ്രഹ്മജ്ഞാനത്തെ അംഗീകരിക്കുന്നില്ല എല്ലാ ജ്ഞാനവും പരമാർത്ഥമാണെന്നാണ് ശരിയായ ദ്വൈതികളുടെ നിലപാട് രുജുവിൽ കാണുന്ന സർപ്പജ്ഞാനം പൂർഡും പരമാർത്ഥമാണ് ദ്വൈതവും പരമാർത്ഥമാണ് അതാണ് അവരുടെ അനുഭവം രജ്യവും ജ്ഞാനവും സത്യമാണ് സർപ്പജ്ഞാനവും സത്യമാണ് സർവേ പ്രത്യ യഥാർത്ഥ അവരുടെ സിദ്ധാന്തമാണ് സർവപ്രത്യങ്ങളും യഥാർത്ഥമാണ് ജ്ഞാനത്തിൽ ഭ്രമം യഥാർത്ഥമെന്ന് രണ്ട് സ്വീകരിക്കുന്നത് അതാണ് ശരിയായിട്ടുള്ള ദ്വൈതം അതുകൊണ്ട് പറയുന്നു പരമാർത്ഥദ അപരമാർത്ഥദ ഉഭേദാവി ദ്വൈതമേവ അവരെ സംബന്ധിച്ച് രജുവും പരമാർത്ഥമായ രജുവും എന്നാൽ പരമാർത്ഥമല്ല എന്നനുഭവപ്പെടുന്നു മറിഞ്ഞു പോകുന്നുണ്ടത് പരമാർത്ഥമല്ലോ അതും അവരെ സംബന്ധിച്ച് എന്താണ് യഥാർത്ഥമാണോ ദ്വൈതമാണോ ഭ്രാന്താനാം അദ്വൈതദൃഷ്ടി അസ്മാകും അദ്വൈതദൃ ഭ്രാന്ത വാസ്തവത്തിൽ അവിടെയാണ് അവർക്ക് ഭ്രമം ഭ്രമത്തെയും യഥാർത്ഥമായി കരുതുന്നതാണ് ഭ്രമം അവരാണ് ഭ്രമിച്ചിരിക്കുന്നത് അദ്വൈതദൃഷ്ടി അദ്വൈതദൃഷ്ടിയിൽ ഭ്രമമില്ല പരമാർത്ഥ ബോധത്തിൽ ഭ്രമമില്ല നമുക്കറിയാമല്ലോ മനുഷ്യൻ ഭ്രമത്തിൽപ്പെടുന്നു അതിൽ നിന്ന് മുക്തനാകുന്നു അതിൽ നിന്ന് മുക്തനായാലേ മനസ്സിലാവത്തുള്ളൂ ഇതുവരെ ഭ്രമത്തിലായിരുന്നു സ്വപ്നത്തിൽ നിന്ന് ഉണർന്നാലേ മനസ്സിലാവത്തുള്ളു ഇതുവരെ സ്വപ്നമായിരുന്നു സ്വപ്നത്തിൽ ആർക്കും അപ്പോൾ തിരിച്ചറിയാൻ കഴിയില്ല അതുപോലെ ഈ ദ്വൈത ബോധത്തിൽ ഭ്രമത്തിൽ നിൽക്കുന്നത് കൊണ്ട് സത്യം എന്താണെന്ന് മനസ്സിലാകുന്നു അദ്വൈത ബോധത്തിൽ സത്യസാക്ഷാത്കാരത്തിലാണെന്ന് മനസ്സിലാകുന്നു ഇതുവരെ താൻ ഭ്രമത്തിലായിരുന്നു അദ്വൈത സാക്ഷാത്കാരത്തിലേക്ക് വരാത്തിടത്തോളം കാലം ഈ അദ്വൈതുകൾ ഭ്രമത്തിലാണോ ഭ്രമത്തിൽ നിന്ന് അവർക്ക് മോചനമില്ല തേനായം ഹേതുന അസ്മത് പക്ഷോ എന്ന വിരുദ്ധരെ തൈഹി അതുകൊണ്ട് പറയുന്നു ഇക്കാരണം കൊണ്ട് അദ്വൈതത്തിൽ ഭ്രമമില്ല അദ്വൈതം സർവത്തെയും ഉൾക്കൊള്ളുന്നു ഇക്കാരണങ്ങളാൽ ഈ പറയുന്ന അദ്വൈത ദർശനത്തിന് മറ്റൊരു ദ്വൈത ദർശനങ്ങളുമായിട്ടും വിരോധമില്ല ഒരു ദർശനത്തിനും ഇതെതിരല്ല ീയ ശ്രുതി എന്ന പറയും ആ ഇന്ദ്രൻ ആ പരമാത്മാവ് മായാഭി അനേക ഉപാധികളെ കൊണ്ട് രൂപീയതേ നാനാരൂപത്തെ പ്രാപിച്ചു നാനാരൂപം ബഹുരൂപം ഒരു പരമാത്മാവ് തന്നെ അനേക ഉപാധികളിലൂടെ നാനാഭാവങ്ങളെ പ്രാപിച്ചതാണ് ഈ പ്രപഞ്ചം ഒരു പരമാത്മാവ് തന്നെയാണ് ചരമായും അചരമായും അനുഭവപ്പെടുന്നത് ജഡമായും ചൈതന്യമായും അനുഭവപ്പെടുന്നത് സ്ഥാവര ജംഗമങ്ങളായല്ല അനുഭവപ്പെടുന്നത് ഒരു പരമാത്മാവ് തന്നെ ഇതാണ് വൈദികമായ സിദ്ധാന്തം നേരത്തെ പറഞ്ഞല്ലോ ഞങ്ങൾ പറയുന്നത് ഐ എം വൈദിക ഈ വൈദികമായ ദർശനം സർവ്വ അനന്യമായിരിക്കുന്ന ദർശനം അതാണ് ബോധിപ്പിക്കുന്നത് നമ്മൾ നമ്മുടെ ബുദ്ധി കൊണ്ട് തിരിക്കുന്ന എന്താണ് ഇത് ജഡമാണോ ഇത് ചിത്താണോ അങ്ങനെ വേറെ പരമാർത്ഥത്തിൽ അദ്വൈതത്തിൽ അങ്ങനെ ഒരു വേറെതിരിവില്ല ജഡമെന്നോ ചിത്തന്നോ പറഞ്ഞ വേറെതിരിവില്ല അങ്ങനെ വേറിതിരിക്കുന്ന അതിന്റെ ബാലപാഠമാണ് അദ്വൈതം എന്ന് പറയുന്ന പരവമായ സത്യത്തെ ബോധിപ്പിക്കുന്നതിനു വേണ്ടി ഉള്ള മാർഗത്തിൽ ചിലപ്പോൾ അസത്യത്തെയും ബോധിപ്പിക്കും അങ്ങനെ ചെയ്യാറുണ്ട് എന്തുകൊണ്ട് അസത്യത്തിൽ നിൽക്കുന്നതുകൊണ്ട് അസത്യത്തിലൂടെ സത്യത്തെ ബോധിപ്പിക്കുക എന്ന് പറയുന്ന ഒരു പ്രക്രിയ അദ്വൈതത്തിന് സ്വീകരിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് എന്താണ് ആത്മാനാത്മവിവേകം ജഡചിന്തനം ഇങ്ങനെയെല്ലാം പറയുന്നത് ആ പ്രക്രിയകളൊന്നും പരമാർത്ഥമല്ല അസത്യേ വനിസ്തിവദസത്യം സമീഹതേ അസത്യത്തിന്റെ മാർഗത്തിൽ നിന്നുകൊണ്ട് അസത്യമായ മാർഗങ്ങളെ അവലംബിച്ചുകൊണ്ട് അത്തരം ഉപായങ്ങളിലൂടെ പരമായ സത്യത്തെ ബോധിപ്പിക്കുന്നു ഇതാണ് അദ്വൈതം അപ്പൊ അദ്വൈതത്തിൽ നിന്നും അന്യമായ ഒരു ദർശനത്തെ നമുക്കെടുത്ത് കാണിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് പരമാവധി അങ്ങനെ അന്യദർശനങ്ങൾ എടുത്ത് കാണിക്കുന്നുകൊണ്ടാണ് ഇവിടെ പറയുന്നത് അത് ശരിയല്ല പരമാർത്ഥത്തിൽ അങ്ങനെയാണ് പരമാർത്ഥത്തിൽ അദ്വൈതത്തിൽ നിന്ന് അന്യമായൊരു ദ്വൈത ദർശനത്തെ എടുത്ത് കാണിക്കാനൊക്കത്തില്ല എന്തുകൊണ്ട് ദ്വൈതത്തെ ഉൾക്കൊള്ളുന്നതാണ് അദ്വൈതം അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത് അങ്ങനെയാണെങ്കിൽ അദ്വൈത ദർശനത്തിൽ നിന്നും ഭിന്നമായൊരു ദ്വൈത ദർശനത്തെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ പറ്റത്തില്ല അതാണ് അദ്വൈതം അതിന് പ്രമാണമായിട്ടോ പറഞ്ഞത് ഒരു ദേവൻ തന്നെ പല രൂപത്തെ പ്രാപിച്ചിരിക്കുന്നു ഒരു ദേവൻ തന്നെയാണ് പല രൂപത്തെ പ്രാപിച്ചിരിക്കുകയാണെങ്കിൽ ആ എല്ലാ രൂപങ്ങളും ആ ദേവനിൽ നിന്ന് അനന്യമാണ് അനന്യമാണെങ്കിൽ ഇവിടെ എങ്ങനെ ചിത്തെന്നും ജടമൊന്നും വേർതിരിക്കാൻ പറ്റും സത്തൊന്നും അസത്തൊന്നും വേറെതിരിക്കാൻ കഴിയില്ല ശൂന്യമൊന്നും സത്തൊന്നും വേർതിരിക്കാൻ കഴിയില്ല പക്ഷെ ഇത്തരം വേദതിരിവുകളൊക്കെ പല ഭാഗങ്ങളും പറയുന്നത് അവനെ പരവുമായ നിലയിലെത്തിക്കാൻ വേണ്ടിയിട്ടാണ് എന്നത് പറയും നിങ്ങൾ മറ്റൊരു ദർശനത്തെടുത്ത് കാണിക്കാനോ മറ്റൊരു ചിന്താഗതി എടുത്ത് കാണിക്കാനോ ഇവിടെ ദ്വിതീയമായൊന്നും വേണ്ടേ അദ്വൈതമാണെങ്കിൽ രണ്ടാമതൊന്നിനെങ്ങനെ പറയും അതുകൊണ്ടാണ് സർവദർശന സമന്വയം എന്ന് പറഞ്ഞ അദ്വൈതത്തിലൊരു പ്രക്രിയ ഉണ്ട് അവിടെ പറയുന്നു എന്താണ് അദ്വൈതം വിശിഷ്ടാദ്വൈതം ഇങ്ങനെയെല്ലാം പേരുകളിൽ പറയുന്ന ഇതെല്ലാം കൂടി ചേരുന്നതിനാണ് അദ്വൈതമെന്ന് പറയുന്നത് ഇതെല്ലാം കൂടി ചേരുമ്പോഴേ അദ്വൈതം പൂർണ്ണമാകത്തുള്ളൂ എന്തുകൊണ്ട് അദ്വൈതം എന്ന് പറയുന്ന ആ പരമാർത്ഥത്തിൽ കല്പിതമാണ് ദർശനങ്ങൾ എന്ന് പറയുന്ന എന്താണ് വാസ്തവത്തിന് കേവലം മനോവൃത്തികളാണ് ആശയങ്ങളാണ് ആശയങ്ങളെന്ന് പറയുന്നത് മനോവൃത്തികളാണ് ഈ മനോവൃത്തികളെല്ലാം എവിടെ നിൽക്കുന്നു നേരത്തെ പറഞ്ഞു സ്വചിത്തസ്പന്ദനം തുര്യന്റെ ചിത്തസ്പന്ദനങ്ങളാണ് ആ ചിത്തസ്പന്ദനങ്ങളും തുര്യനുമായി എങ്ങനെ സ്ഥിതി ചെയ്യുന്നു തുര്യനോട് അഭിന്നമായി അഭേദ്യമായി സ്ഥിതി ചെയ്യുന്നു തുര്യനുമായി താതാത്മ്യത്തിൽ സ്ഥിതി ചെയ്യുന്നു അങ്ങനെ സ്ഥിതി എങ്ങനെ ഇവിടെ നാനാത്വ ദർശനങ്ങൾ വരും അദ്വൈത ദർശനം എന്ന് പറയുന്നതിനെങ്ങനെ സ്വതന്ത്രമായി നിലനിൽക്കാൻ പറ്റും അദ്വൈത ദർശനമെന്ന് പറയുന്നത് പോലും എന്താണ് കേവലം ചിത്തസ്പന്ദനമാണ് തുര്യന്റെ മനോവ്യാപാരമാണത് മനോവ്യാപാരം എന്നുള്ള നിലയ്ക്ക് അവിടെ അദ്വൈതം പറഞ്ഞാലും ദ്വൈതം പറഞ്ഞാലും വിശിഷ്ട പറഞ്ഞാലും എല്ലാം മനോവ്യാപാരങ്ങളാണ് അതാ തുര്യനെ നിന്ന് അന്യമാകത്തില്ല അങ്ങനെ ഒരു പരമാർത്ഥത്തെയാണ് ഇവിടെ ബോധിപ്പിക്കുന്നത് അതുകൊണ്ട് അദ്ധീയം അസ്തീ അദ്വൈതത്തിൽ നിന്ന് ദ്വിതീയമായി രണ്ടാമത്തേതായി ഒന്നിനെ നിൽക്കെടുത്ത് കാണിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇവിടെ എങ്ങനെ നാനാ ദർശനങ്ങൾ വരും എന്ന് പറയുമ്പോൾ അദ്വൈതത്തെ നമ്മൾ പരമമായി മനസ്സിലാക്കേണ്ട ആ രീതിയിലാണ് അല്ലാതെ അദ്വൈതമെന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു സാധനമാണ് ഒരു പ്രത്യേക ഒരു ദർശനമാണ് അതിന് പ്രത്യേക കൊമ്പും വാലും ശങ്കരാചാര്യർ പറയുന്ന അദ്വൈതം അതാണ് ഞാൻ പറയുന്ന അദ്വൈതം ഇതാണ് വേരാള് പറയുന്ന അദ്വൈതം ഇതാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് വെറും ബാലിശമായ ചിന്താഗതികളാണ് അദ്വൈതത്തിന്റെ പരമമായ നിലയാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത് അങ്ങനെ പല അദ്വൈതങ്ങളില്ല പല ദ്വൈതങ്ങളേ ഇല്ലെന്നാണ് ഇവിടെ പറയുന്നത് ഇന്നെങ്ങനെ പല അദ്വൈതം വരും അങ്ങനെയൊന്നുമില്ല യഥാ അത് ഏതുപോലെ ഒരാള് പറയാണ് ൂഢ ഉം ഭൂമിഷ്ടം ഗൂഢി ഗുരുവാണമി തർശനത്തിന് ഒരു ദർശനത്തിനോടും വിരോധമില്ല അതുകൊണ്ട് അദ്വൈതിയെ ഇവിടെ ഗുണിക്കുകയാണ് മത്തഗജ ആരൂഢനായിട്ട് ഒരു മതയാനയുടെ പുറത്ത് ഒരാൾ ഇരിക്കുകയാണ് അദ്വൈതി ഇന്ന് കണക്കാക്കുകയാൾ പഴയകാലത്ത് ആനപ്പുറത്ത് ഇരുന്നുകൊണ്ട് യുദ്ധം ചെയ്യും ഇന്നത്തെ പോലെ ടാങ്കും ബീരങ്കിയൊന്നും വന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് ആനയുടെ പുറത്ത് കയറി ഇരുന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യും അപ്പൊ ഒരാൾ ഒരു മത്തഗജ മതയാനയുടെ പുറത്തിരിക്കും വലിയ വീരന്മാരെല്ലാം മതയാനയുടെ പുറത്ത് കയറി അത്രയും വലിയ പരാക്രമികളാണ് അതുപോലെയാണ് ഇവിടെ പുറത്തിരിക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ ഉന്മത്വം ഭൂമിഷ്ടം ഒരുവൻ തറയിൽ തലയ്ക്ക് സുഖമില്ലാത്തവരത്ത് ഒരു ദ്വൈതി ദ്വൈതികളെല്ലാം തളിക്ക് സുഖമില്ലാത്ത വരം തറയുന്നുകൊണ്ട് അയാൾ എന്താണ് വിളിച്ചു പറയുന്നത് വാഹയ മാമ്പതി ഗജാരൂഢോഹം ഇതോ ആനയുടെ പുറത്തായിരിക്കുന്നത് ോട്ട് വന്നാൽ നമുക്ക് ഒരു കൈ നോക്കാം പറയാണ് അപ്പൊ ഇവന് ഇവൻ കാണുന്നുണ്ട് മറ്റവൻ ആനപ്പുറത്തിരിക്കുന്നത് അല്ല ഇവന് സ്വയം വിചാരിക്കുകയാണ് തറയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഞാനും ആനപ്പുറത്തിരിക്കുകയാണ് പറയുന്നുവാഹയ മാം പ്രതിനിധിച്ച നേരെ ഒന്ന് ഏറ്റുമുട്ടും നമുക്ക് നോക്കാം അങ്ങനെ ബ്രുവണം അഭി അവനങ്ങനെ പറഞ്ഞാലും ഇവനറിയ ഇവൻ സാധുവാണ് തറയിലാണ് നിക്കുന്നത് ഇവന്റെ പുറത്ത് ആനയെ കൊണ്ടിരുന്നു ആനവനെ ചവിട്ടിച്ചമ്മന്തിയാക്കും എന്നറിയാം അതുകൊണ്ട് തമ്പ്രതി വാഹേരി അവന്റെ നേരെ ആനയെ തിരിച്ചുവിടാറില്ല അവിരോധ ബുദ്ധിയ കാരണം അവനോട് യാതൊരു വിരോധവും ഇവൻ തെളിക്ക് സുഖവും ഇല്ലാതെ ഇത് കേട്ടുകൊണ്ട് അവന്റെ നേരെ ആനയെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ അതൊരു മഹാഭാവും അതുപോലെ ഈ ഭ്രാന്തി പിടിച്ച ഓരോരുത്തർ പറയുകയാണ് അദ്വൈതത്തിനെതിരായിട്ട് അദ്വൈതമെന്ന് പറഞ്ഞാൽ എന്തോ ഞങ്ങളുടെയൊക്കെ ശത്രുവാണെന്ന് കരുതി അത് ചുരുക്കത്തിൽ ഇത് മനസ്സിലാക്കാതെ ഈ അദ്വൈതത്തിന്റെ ആ സർവാത്മഭാവത്തെ മനസ്സിലാക്കാതെ അതിനെ എതിർക്കുന്നതെല്ലാം തലയ്ക്ക് സുഖമില്ലാത്തതുണ്ടെന്നാണ് പറയുന്നത് ഇവിടെ പറയുന്നു ഇതുപോലെയുള്ളു സ്വയം തലയ്ക്ക് ലെവലില്ലാത്തതുകൊണ്ട് പറയുന്നു ഞാനപ്പുറത്തിരിക്കടവ നമുക്ക് യുദ്ധം ചെയ്യാന്ന് പറഞ്ഞാൽ അദ്വൈതം യുദ്ധം ചെയ്യാൻ പോകും കാര്യമില്ല അവനോട് വിരോധമേ തോന്നേണ്ട കാര്യമില്ല അതുകൊണ്ട് ഗുരുതര തരത്തിൽ ചെയ്യുന്നു ഈ വാദ കോലാഹലങ്ങളെയെല്ലാം അദ്വൈതി അതിനെല്ലാം ഉപേക്ഷകയായിരിക്കുകയാണ് അതിന്റെ ആവശ്യമില്ല അവിടെ വിരോധ ബുദ്ധിയില്ല എന്നാണ് അതുകൊണ്ട് അദ്വൈതത്തിൽ ഭേദം കല്പിക്കുക അങ്ങനെ ചില പറയും ഞങ്ങളുടെ അദ്വൈതം ഇതാണ് അദ്വൈതത്തിൽ പല ഇതുണ്ട് അദ്വൈതം വിശിഷ്ട അദ്വൈതം ഭേദാഭേദ അദ്വൈതം അനുഭജനീയ അദ്വൈതം ഇങ്ങനെയൊക്കെ പറഞ്ഞ് പല ഭേദങ്ങൾ പറയുന്നുണ്ട് എല്ലാം ഭ്രാന്തന്മാരാണെന്നാണ് പറയുന്നത് അത് അവരോട് സംസാരിച്ചിട്ട് കാര്യമാണ് തലകിലവലില്ലാത്തവരടുത്ത് ഫിലോസഫി പറഞ്ഞിട്ട് വല്ല പ്രയോജനമുണ്ടോ അത് പറയുന്നില്ലെന്നാണ് ആചാര്യസ്വാമികളോട് പറയുന്നത് അതുകൊണ്ട് അദ്വൈതത്തെ അതിന്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കുമ്പോൾ അത് പരമാർത്ഥ സത്യമാണ് അതിൽ നിന്ന് അന്യമായിട്ടൊന്നുമില്ല ഒരു ദർശനം അതില്ല എന്ന് പറയുന്നതിന്റെ തത്വമാണ് ഇവിടെ പറഞ്ഞെന്താണ് ഇതെല്ലാം ഈ എല്ലാ ദർശനങ്ങളും ആ തുര്യന്റെ ചിത്തസ്പന്ദനമാണ് ആ ചിത്തസ്പന്ദനങ്ങളൊന്നും തന്നെ ആ അന്യമല്ല അത് അദ്വൈതമായാലും ശരി ദ്വൈതമായാലും ശരി പക്ഷെ ദ്വൈതി അത് മനസ്സിലാക്കുന്നില്ല അതുകൊണ്ട് അദ്വൈതം ഇതിനെല്ലാത്തിനും കൂടി കൊടുത്തിരിക്കുന്നൊരു പേരാണ് അതിന് പ്രത്യേക ചിത്രസ്പന്ദനത്തിന് കൊടുക്കുന്നതിൽ പുരിയന്റെ എല്ലാ സ്പന്ദനങ്ങളും സ്പന്ദനം എന്നു പറഞ്ഞാൽ വിഷയ ആകാര മനോവൃത്തി ഈ വിഷയങ്ങളെല്ലാം വിഷയമാക്കുന്ന മനോവൃത്തികളെയാണ് സ്പന്ദനമെന്ന് പറയുന്നത് അതെന്ത് വിഷയമായാലും ശരി ദ്വൈതമായാലും ശരി അദ്വൈതമായാലും ശരി മറ്റെന്തെങ്കിലും ദ്വൈതമായാലും മറ്റെന്തെങ്കിലും അദ്വൈതമായാലും അതിനെയെല്ലാം വിഷയമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ മനോവൃത്തികൾ ഇത് ഇതാണ് അദ്വൈതം അദ്വൈതം ഇരിപ്പെടുന്നു ഇതൊന്നും ആ പരമാർത്ഥമായ തുര്യനിൽ നിന്ന് അദ്വൈതമല്ല ഭിന്നമല്ല അഭിന്നമാണോ എന്ന് പറയുന്നതാണ് അദ്വൈത സിദ്ധാന്തം ഇതരോട് ഭേദം ഇതര രാഗദ്വേഷം ഭ്രാന്തന്മാരോട് വിദ്വേഷം വച്ചിട്ട് എന്താ കാര്യം അപ്പോ ഒരാൾക്ക് ഭ്രാന്തണ്ടെന്ന് പറയുന്ന അയാളോട് വിരോധം കൊണ്ടാണോ പറയുന്നത് അങ്ങനെ ചിലപ്പോൾ പറയേണ്ടി വരും അവനക്ക് തലയ്ക്ക് സുഖമില്ലാ പോയി മരുന്ന് കഴിക്കാൻ പറയുന്നത് വിദ്വേഷം കൊണ്ടാണ് ഭരിക്കുന്നത് വിദ്വേഷം കൊണ്ടല്ല പരമാർത്ഥം പറയുകയാണ് പക്ഷെ അവൻ കരുതുകൊണ്ടാണ് എന്നോടെന്തോ വിരോധം കൊണ്ടത് പറഞ്ഞാണെന്ന് കരുതുന്നു അങ്ങനല്ല അതിനാണീ ഭ്രാന്തിന്റെ ഉദാഹരണം കൂടെ എടുത്തു പറഞ്ഞത് അത് അനുകമ്പൗണ്ട് പറയുന്നതാണ് അങ്ങനെ സംഭവിച്ചു പോയി മനസിന്റെ നില തെറ്റിപ്പോയി പോയി മരുന്നെല്ലാം കഴിച്ച് ശരിയാക്കാൻ പറയുന്നതാണ് അത് വിദ്വേഷമുണ്ട് പക്ഷേ ദ്വൈതിയോട് അത് പറഞ്ഞു കഴിഞ്ഞാൽ വിരോധം വരും എന്നോടുള്ള വിരോധം കൊണ്ട് പറഞ്ഞു വരും അത് പിന്നെ അദ്വൈതി സഹിക്കും എൻ്റെ പേര് ആത്മീയ ദ്വൈതന അതുകൊണ്ട് എന്താണോ ഇവിടെ പറയുന്നു ദ്വൈതമേ പരമാർത്ഥത്തിൽ നിൽക്കുന്നില്ല അദ്വൈതത്തിൽ നിന്ന് അന്യമായ ദ്വൈതം നിൽക്കുന്നില്ല അദ്വൈതത്തിൽ നിന്ന് ഭിന്നമായ അദ്വൈതത്തിൽ അന്തർഭവിച്ചെല്ലാം നിലനിൽക്കുന്നുണ്ട് ഈ പ്രപഞ്ചം ആകമേ അദ്വൈതത്തിൽ നിലനിൽക്കുകയാണ് പിന്നെ ദ്വീതി എന്ന് പറയുന്ന ഒരുവനം നോക്കാനെന്താ പ്രയാസം അതുകൊണ്ട് ബ്രഹ്മവിദ് ആത്മീയവ ദ്വൈദിനാ ദ്വൈതുകളുടെയും സ്വരൂപമായിരിക്കുന്നത് അത് തന്നെ ആ പരമാത്മാവസ്തു തന്നെ ഏ നായം ഭേദനാ അസ്മത്പക്ഷുവന അവിരുദ്ധ്യത അതുകൊണ്ട് പറഞ്ഞു വരുന്നത് എന്താണോ നമ്മൾ മുമ്പും പറഞ്ഞിട്ടുള്ള നമ്മൾ ഒരിക്കലും അങ്ങനെ ധരിക്കരുത് അദ്വൈതമൊന്നും ദ്വൈതമൊന്നും പറയുന്ന രണ്ട് പരസ്പര വിരുദ്ധമായ സിദ്ധാന്തങ്ങളാണ് ധരിക്കരുത് അസ്മത്പക്ഷുവൻ അവിരുദ്ധ്യത ആചാര്യസ്വാമികളുടെ പറയുന്നു ഞാനീ പറയുന്ന എന്റെ പക്ഷം ഇത് അവരുമായി വിരോധമുള്ള ഒരു കാര്യമുണ്ട ആ രീതിയിൽ നമ്മളതിനെ മനസ്സിലാക്കുന്നത് മനസ്സിലാക്കാതെ പറയുന്നു അത് വേറെ എന്തോ ഒരു കാര്യമാണ് ഇത് വേറെ എന്തോ ഒരു കാര്യമാണ് എന്ന് നമ്മൾ പറയുന്നു അത് അസംബന്ധമാണ് അദ്വൈതം മനസ്സിലാക്കാത്ത കൊണ്ടാണ് എന്ന് ആചാര്യസ്വാമികൾ പറഞ്ഞാൽ കൂടി മനസ്സിലായില്ലെങ്കിൽ അസ്മത് പക്ഷാ എന്ന് വെച്ചാൽ എന്താണ് എന്റെ പക്ഷം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറയുന്ന ഈ അദ്വൈതം തെയ്ഹി എന്ന വിരുദ്ധ്യത ഈ പറയുന്ന ദ്വൈതികളുമായി വിരോധമുള്ളതല്ല ഇതിന് സ്പഷ്ടമായിട്ട് എങ്ങനെ പറയണം അദ്വൈതത്തെ ഇത് പറഞ്ഞാലും നമ്മൾ മനസ്സിലാക്കും എന്നാലും നമ്മൾ വീണ്ടും പലതിനും പലതായിത്തുന്നതാണ് അഭ്യേത ബോധം മനസ്സിൽ അതുകൊണ്ടാണ് ആ പറഞ്ഞത് ഇതെല്ലാം വാസ്തവത്തിനെന്താണ് വെറും മനോവൃത്തികളാണ് അതിനാണ് പ്രാധാന്യം വെറും ചിത്തസ്പന്ദനങ്ങളാണ് ചിത്തസ്പന്ദനം എന്നുള്ള നിലയ്ക്ക് ഇതെല്ലാം ഒന്ന് പരമാർത്ഥ വസ്തുവിൽ നിന്ന് എങ്ങനെ ഭേദം വരും വരുന്നില്ല അതുകൊണ്ടുതന്നെ ഇവിടെ അദ്വൈതമാണ് പരമാർത്ഥം എന്ന് പറയുന്നു അതുകൊണ്ട് ദ്വൈതനാം ആത്മൈവ ബ്രഹ്മവിദ് ആ ദ്വൈതികളുടെയും പരമാർത്ഥമായിരിക്കുന്നതാണ് ഇവിടുത്തെ അദ്വൈതം അതുകൊണ്ടിവിടെ ദ്വൈതം അദ്വൈതം എന്നുള്ള ഭീകരദൃഷ്ടി അദ്വൈതിക്ക് പാടില്ല എന്നാണ് ഇവിടെ പറയുന്നത് പറയുന്നതിന്റെ താല്പര്യം അതാണ് അല്ലെങ്കിൽ ചെറു പറയും എന്താണ് ഞാൻ അദ്വൈതി മറ്റവൻ ദ്വൈതി എന്ന് ഞാൻ ശ്രേഷ്ഠനാണ് ശ്രേഷ്ഠമായ ദർശനവന്റെ കയ്യിലുണ്ട് അദ്വൈതം മറ്റവൻ നികൃഷ്ടനാണ് അവന്റെ ദർശനം ദ്വൈതമാണ് അത്തരത്തിലൊരു ഭേദബുദ്ധി പോലും അദ്വൈതിക്കില്ല യഥാർത്ഥത്തിലുള്ള അദ്വൈതിക്കില്ല എന്തുകൊണ്ട് ബ്രഹ്മവി ആത്മീയദ്വൈതനാണ് ദ്വീതികളുടെയും യഥാർത്ഥ സ്വരൂപമായിരിക്കുന്ന ആ പരമാത്മാവ് അതാണ് ബ്രഹ്മവിത് എന്ന് പറയുന്നത് രത്തിലും ഇവിടെ ഭേദത്തെ അംഗീകരിക്കുന്നില്ല അദ്വൈതി ഭേദം ലേശംപോലില്ലാത്ത കൊണ്ട് തന്നെ എന്താണോ അദ്വൈതിയിൽ രാഗദ്വേഷങ്ങളില്ല അദ്വൈദിയുടെ ഈ വാദങ്ങളും വിവാദങ്ങളും ഒന്നും രാഗദ്വേഷപ്രേരിതമായിട്ടല്ല ആ സത്യത്തെ വെളിപ്പെടുത്താൻ വേണ്ടി പറയുന്ന സത്യത്തെ വെളിപ്പെടുത്താൻ വേണ്ടി പറയുമ്പോൾ ഭ്രാന്തമായ എന്തെങ്കിലും ആശയങ്ങളുണ്ടെങ്കിൽ അത് ശരിയല്ല എന്ന് പറയും അത് രാഗദ്വേഷപ്രേരിതമായിട്ടുള്ള അവനെ അദ്വൈതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് അവനും അദ്വൈതത്തിന്റെ ഭാഗമാണെന്ന് അവനെ ബോധിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ് ഇദ്ദേഹം നാനാസ്തികഞ്ചന എന്നെല്ലാം പറയുന്നു ഇതിലും അദ്വൈതത്തെ പൂർണമായി അവതരിപ്പിക്കാൻ കഴിയില്ല അദ്വൈതത്തെ സംബന്ധിച്ചുള്ള അദ്വൈത ദർശനത്തെ സംബന്ധിച്ചുള്ള സർവ സംശയങ്ങളെയും ദൂരീകരിക്കാൻ ഇതിനും അപ്പുറം വേറൊരു വായൊന്നുമില്ല ആ രീതിയിലിവിടെ അതിനെ വ്യക്തമാക്കിയിരിക്കുകയാണ് പലർക്കും അദ്വൈതമെന്ന് പറയുന്നത് ഒരു അഭിമാനമാണ് അങ്ങനെ അഭിമാനിക്കാനുള്ള ഒന്നല്ല അദ്വൈതമൊന്നിവിടെ ബോധ്യപ്പെടുത്തുകയാണ് അദ്വൈതം പരമാർ ഹേതം തദ്വേതേ േദ വിജം തോ ഭിമാന ൊക്കെ പറഞ്ഞു ദ്വൈതം അദ്വൈതത്തിന്റെ ഭേദമാണ് അദ്വൈതത്തിന്റെ കാര്യമാണ് എന്ന് പറഞ്ഞാൽ അവിടെ എന്താ മനസ്സിലാക്കേണ്ടത് രണ്ട് സത്യം ഉണ്ടെന്നല്ല ദ്വൈതം അദ്വൈതത്തിന്റെ ഭേദമാണെന്ന് പറഞ്ഞാൽ ദ്വൈതം അദ്വൈതത്തിന് ആരോപിതമാണെന്ന് മനസ്സിലാക്കും രണ്ട് സത്യമുണ്ടെന്നാണെങ്കിലോ അതിന്റെ ആവശ്യമില്ല രണ്ട് സത്യത്തിന്റെ ആവശ്യമുണ്ട് കാരണം രണ്ട് ഞാനിന്റെ ആവശ്യമില്ല ഒരു ഞാൻ തന്നെ പര്യാപ്തമാണ് സർവ വ്യവഹാരങ്ങൾക്കും ഇവിടെ രണ്ട് ഞാനിന്റെ ആവശ്യമില്ല അതുകൊണ്ട് തന്നെ രണ്ട് അദ്വൈതത്തിന്റെ ആവശ്യം ഒന്നു മതിയാകും പിന്നെ രണ്ട് അദ്വൈതമെന്ന് പറഞ്ഞാൽ പിന്നെ അദ്വൈതത്തിന് അർത്ഥമില്ലാതെ ദ്വൈതമതി അദ്വൈതവത് പരമാർത്ഥസൈതവും സത്യവും അദ്വൈതവും സത്യവും അങ്ങനെ അദ്വൈതമെന്ന് പറയുമ്പോൾ തന്നെ എന്താണോ എല്ലാ അദ്വൈതങ്ങളെയും അന്തർഭവിക്കുന്നതോ അല്ലെങ്കിൽ ദ്വൈതത്തെ നിരാകരിക്കുന്നതോ ആണ് ഒരർത്ഥത്ത് ൾക്ക് നിലനിൽപ്പില്ല അങ്ങനെ ഒരു ആശങ്ക ചിലപ്പോൾ വരാം അതുകൊണ്ട് പറയുന്നു ഒന്ന് തന്നെ മായ കൊണ്ട് പലതായിരിക്കുന്നതാണ് അദ്വൈതം തന്നെയാണ് ഇവിടെ ദ്വൈതമായി അനുഭവപ്പെടുന്നത് പരമാർത്ഥസൈതം മായാഭിത്യത അദ്വൈതം പരമാർത്ഥമാണ് അത് മായകൊണ്ട് പലതായി തോന്നുന്നു മായ കൊണ്ട് തോന്നുന്നു എന്ന് പറയുന്നത് എന്താണ് വാസ്തവത്തിൽ അങ്ങനെയല്ല ആരോപിതമായ അല്ലെങ്കിൽ കൽപ്പിതമായി അങ്ങനെയാണല്ലോ ഏതത് അതുപോലെ തൈമിരിക അനേക ചന്ദ്രവത് തീവ്രം കൊണ്ട് അനേക ചന്ദ്രനെ കാണുന്നത് പോലെ രജ്ജു സർപ്പധാരാധിപിർ ഭേദയി രജ്ജുവിനെ കണ്ടിട്ട് സർപ്പമെന്നോ മാലയെന്നോ ജലധാരയെന്നോ ഭൂഛിദ്രമെന്നോ പലതരത്തിലും അനുഭവപ്പെടുന്നു അതുപോലെ പരമാർത്ഥതോ നിരവയവത്വ ആത്മന ആത്മാവംശരഹിതമാണ് അതുകൊണ്ട് പരമാർത്ഥത്തിൽ ആത്മാവിൽ നാനാത്വം പരമാർത്ഥത്തിന് നിലനിൽക്കുന്നില്ല കർപ്പിതമായി എല്ലാമാകാം സാവയോഹി അവയോ അന്യതാത്വനോ ഭിത്യേ അംശങ്ങളുള്ളത് അവയോ വൈദ്യമനുസരിച്ച് പലതായിത്തീരും വംശരഹിതമാണ് അദ്വൈതമെന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ള എല്ലാ ഭേദ കൽപ്പനകളെയും അവിടെ നിരാകരിക്കുന്നു മറിച്ച് കൽപ്പിതവമായി എല്ലാത്തിനെയും സ്വീകരിക്കുകയും ചെയ്യുന്നു അതാണ് അദ്വൈതത്തിന്റെ പ്രത്യേകത ഒരു തരത്തിലത് സർവത്തെയും നിഷേധിക്കുന്നു മറ്റൊരു തരത്തിലത് സർവത്തെയും സ്വീകരിക്കുകയും ചെയ്യുന്നു ഏത് തരത്തിലാണ് നിഷേധിക്കുന്നത് പാരമാർത്ഥിക ദൃഷ്ടിയാണ് അവിടെ സർവത്തെയും നിഷേധിക്കുന്നു എങ്ങനെ സ്വീകരിക്കുന്നു ആരോപിത ദൃഷ്ടിയാ സർവത്തെയത് ഉൾക്കൊള്ളുന്നു സ്വീകരിക്കുന്നു യഥാ മൃത്ഭേദേഹി മൃത് അതിൽ നിന്ന് ഏത് തരത്തിലുള്ള പാത്രങ്ങളുണ്ടായാലും അത് ആരോപിതമായ രീതിയിൽ അതിനകത്തെല്ലാം വരാം നനകത്തും വരാം പാരമാർത്ഥികമായ ദൃഷ്ടിയിൽ മൃത് മാത്രം തസ്മാ നിരവയും അജം അന്യഥന കേന്ദ്രകാരേണ് നമ്പിറ്റിയത് ായ അതുകൊണ്ട് നിരവേയുമായിരിക്കുന്നു അജമായിരിക്കുന്നു ഈ പരമാത്മ സത്യം ഒരു തരത്തിലും പലതാകുന്നില്ല തത്വതോ ഭിമാനോഹി അമൃതം അജം അദ്വം സ്വഭാവത സന്മർത്തിതം വരച്ചേരും അത് സംഭവിക്കുന്നില്ല തത്വോ ഭിത്യമാനോഹി പരമാർത്ഥത്തിൽ ദ്വൈതമുണ്ടായിരുന്നു വന്നു കഴിഞ്ഞാൽ എന്താണ് പരമാർത്ഥ സത്യത്തിന് നാശമുണ്ടായിന്നു വരും അതങ്ങനെ സംഭവിക്കത്തില്ല ഏതുപോലെതാ അഗ്നി ശീതത അഗ്നിയുടെ സ്വരൂപമാണ് ഉഷ്ണം അഗ്നിയിൽ ഉഷ്ണത്തെ വേർതിരിക്കാൻ കഴിയും എന്തുകൊണ്ട് അതിന്റെ സ്വരൂപമായി തോന്നും അതുകൊണ്ട് അഗ്നി ഒരിക്കലും ശീതമാകുന്നില്ല ഒരു വസ്തുവിനതിന്റെ സ്വഭാവത്തെ വെടിയാൻ കഴിയില്ല കാരണം ആ സ്വഭാവത്ത് വെടിഞ്ഞു കഴിഞ്ഞ് പിന്നെ വസ്തുവിനെ നിലനിൽപ്പില്ല അതുപോലെ ഈ പരമാർത്ഥ വസ്തു അത് പലതല്ല പരമാർത്ഥത്തിന് അത് പലതാകത്തില്ല അങ്ങനെയായി നശിക്കുന്ന ഒന്നല്ല എന്നുവെച്ചാൽ അനിഷ്ടം സ്വഭാവ വൈപരീത്യ ഗം സ്വഭാവ വൈപരീത്യം എന്ന് പറയുന്നത് അനിഷ്ടമാണ് അത് സംഭവിക്കത്തില്ല കൽപ്പിക്കാൻ കഴിയാത്ത കാര്യമാണ് അഗ്നി അതിന്റെ സ്വരൂപമായ ഉഷ്ണതയെ വെടിയുക എന്ന് പറയുന്നത് നമുക്ക് കൽപ്പിക്കാൻ വയ്യ അതുപോലെ അദ്വൈതം അതല്ലാതായി തീരുക അത് ഇതെല്ലാം അനുഭവപ്പെടുന്നു നാനാത്ത അനുഭവപ്പെടുന്നുണ്ട് ദ്വൈതം അനുഭവപ്പെടുന്നുണ്ട് അതിന് സമാധാനം പറയുന്നു എന്താണ് മായയാത്യത ആരോപിതമായി കൽപ്പിതമായി ഇതെന്തെല്ലാം നിൽക്കാം ചിത്തസ്പന്ദന രൂപത്തിൽ ഇതെല്ലാം നിലനിൽക്കുന്നു ും അനന്യമായ ചിത്രസ്കന്ദന രൂപത്തിൽ നിലനിൽക്കുന്നു അജം അമ്പിയം ആത്മതത്വം മായ സദ്ധതം അതുകൊണ്ട് അല്ല അദ്വൈതം പരമാർത്ഥസത്താണ് അങ്ങനെ രണ്ടു സത്യം നിലനിൽക്കില്ല സത്യം എന്ന് പറയുമ്പോ തന്നെ അതേകമായി അതുകൊണ്ട് പിന്നെ അവിടെ രണ്ടിന്റെ പ്രശ്നമേ ഉദിക്കുന്നില്ല എന്നാഥമ്രജേ അജാതാവശ്യ ജാതി വാദി അജാതോഹ്യ അമൃതോ ഭാവോത്യതീ അദ്വൈതം എന്നു പറയുന്നതിന് ഉറപ്പിക്കുന്നതിന് വേണ്ടി പറയുകയാണ് കാരണം വിപരീത ഭാവനയും സംശയവും അജ്ഞാനവുമാണ് ഇപ്പോ പ്രബലമായിരിക്കുന്നത് അദ്വൈത ബോധത്തിന് വിരുദ്ധമായിരിക്കുന്ന കാര്യം ഒറ്റവാ വാക്കിൽ ഇതെല്ലാം അദ്വീതമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെയും ഭ്രാന്തി സംശയത്തെ അജ്ഞാനത്തെ ഒന്നും ദൂരീകരിക്കാനുള്ള ശേഷി ഉണ്ടാവില്ല അതുകൊണ്ട് ഇതിനെ ആവർത്തിച്ച് ബോധിപ്പിക്കുക നാനാ പ്രമാണങ്ങളിലൂടെ ബോധിപ്പിക്കുക നാനാ യുക്തികളിലൂടെ ബോധിപ്പിക്കുക അതിനു വേണ്ടിയിട്ടാണ് മറ്റൊരു രീതിയിൽ മറ്റൊരു രീതിയിൽ ഇങ്ങനെ മാറി മാറി ഈ വിഷയത്തിൽ തന്നെ പറയുന്നത് പറയുന്നതിന്റെ താല്പര്യം രണ്ടായിരത്തി ഒന്നാണ് അദ്വൈതത്തെ പരമാർത്ഥമായി ബോധിക്കുക ആ പരമാർത്ഥം താനാണെന്ന് തന്റെ പരമാർത്ഥമാണ് അതിനുവേണ്ടി മറ്റൊരുപായത്തിൽ പറയുകയാണ് ഉപനിഷ്യാതാരോ ബ്രഹ്മവാദിനോ വാവദൂഖാ അജാതസേ ആത്മതത്വ അമൃത സ്വഭാവത്തോ ജാതി പരമാർത്ഥേവദേശം ജാതി ചേർത്ത് തതേവ മർദ്ധ്യതാമേശി അവശ്യം ഇനിയും അദ്വൈതികളിൽ തന്നെ താൻ അദ്വൈതിയാണെന്ന് അഭിമാനിക്കുന്നവരിൽ അദ്വൈതം തനിക്ക് മനസ്സിലായിന്ന് ധരിക്കുന്നവരിൽ തന്നെ പലരും അദ്വൈതത്തെ പലതരത്തിൽ അവതരിപ്പിക്കുന്നു എന്റെ അദ്വൈതം അന്യന്റെ അദ്വൈതം എന്റെ ഗുരുവിന്റെ അദ്വൈതം മറ്റേ ഗുരുവിന്റെ അദ്വൈതം ഇങ്ങനെ അദ്വൈതത്തിന് പല വ്യാഖ്യാനങ്ങളും കൊടുക്കുന്നു അവരെയും ജനം ധരിച്ചിരിക്കുന്നതാണ് ബ്രഹ്മവാദികൾ ബ്രഹ്മവാദിനഹ പക്ഷെ ശരിക്കും അവരാണ് ആരാണ് വാവതൂകാഹ മലയാളത്തിൽ പറഞ്ഞ വായാടികൾ വെറും വായാടികൾ അവര് പറയുന്നു അവരുടെ ധൈര്യം എന്താണ് ഉപനിഷത് വ്യാഖ്യാധാര അവരുപനിഷത്തൊക്കെ വ്യാഖ്യാനിച്ചു വിവരക്കാരുണ്ടെങ്കിൽ ആർക്കും എന്തും വ്യാഖ്യാനിക്കാമല്ലോ അങ്ങനെ വ്യാഖ്യാനിക്കും അവരെന്താ പറയുന്നത് അജാതസ്യോ ആത്മതത്വസിയോ ഈ വാവദൂകാഹ എന്നൊക്കെ പറയുന്നത് സംസ്കൃതത്തിലെ നല്ല ഭാഷയല്ല സംസ്കൃതത്തിനൊക്കെ കുറച്ച് മോശമായിട്ടാണ് പറയുന്നത് പക്ഷേ ആചാര്യസ്വാമികളും വികാരം വന്നങ്ങ് പറഞ്ഞു പോവുകയാണ് ആവേശം വന്നിട്ട് കുറച്ച് മോശം മോശമായ ഭാഷ ഉപയോഗിക്കുകയാണ് കാരണം ഇവരോട് എത്ര പറഞ്ഞിട്ടും മനസ്സിലാകുന്നില്ല അവസാനം ചീത്ത പറഞ്ഞ് മനസ്സിലാക്കിക്കുക എന്നുള്ള ഒരു ഉപായം അങ്ങനെ പറയുകയാണ് അജാതശൈവ ആത്മതത്വ സമൃതസ്യ സ്വഭാവതോ ജാതി കൽപ്പനക്ക് ഭാവനകൾക്കൊന്നും അതിലില്ല മനുഷ്യന്റെ മനസ്സെന്ന് പറയുന്ന എന്താണ് അതിന്റെ സ്വഭാവം തന്നെ അനന്തമാണ് അനന്തമായ ചിന്താഗതികൾ അനന്തമായ വിചാരധാരകളെല്ലാം അതിന് വരാം ആർക്കും എന്തും കല്പിക്കും ഇവിടെ ആരാ അത് നിയന്ത്രിക്കുന്ന ആരാണ് ബ്രഹ്മാവിന് പോലും നിയന്ത്രിക്കാൻ പറ്റത്തില്ല മനസ്സിന് അതുകൊണ്ട് എന്തെയ്യുന്നു ഓരോ കല്പനകൾ പറയുന്നു ഉപനിഷത്തിന് വ്യാഖ്യാനിച്ചിട്ട് അദ്വൈതികളായിട്ട് ബ്രഹ്മവാദികളായി ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നവരായി കൽപ്പിച്ചുകൊണ്ട് അവർ പറയുന്നു എന്താണ് അമൃതമായിരിക്കുന്ന പരമാർത്ഥമായിരിക്കുന്ന ആ തർത്ഥത്തിൽ തന്നെ അതിൽ ജനിക്കുന്നു സ്വഭാവതക ജാതി മുത്പത്തി പരമാർത്ഥ അത്യാവശ്യം അങ്ങനെ ഉണ്ടായി തദൈവ മർദ്ധ്യതാമേശ്ശേരി അവശ്യം ചെല് പറയുമല്ലോ ഇതെല്ലാം സത്യം തന്നെ എന്ന് ചെറു പറയും അദ്വൈനീം പറയും ഇതെല്ലാം സത്യമാണെന്ന് പക്ഷെ ആ രീതിയിലല്ല അവർ പറയുന്നത് ഈ കാണുന്നതാണ് സത്യം ജനനം സത്യമാണ് മരണം സത്യമാണ് പ്രത്യക്ഷമായ ഈ വികാരങ്ങളെല്ലാം പ്രത്യക്ഷ സത്യമായി സ്വീകരിക്കുന്നു എന്നുവച്ചാ പരമാർത്ഥ സത്യമല്ല എന്ന് ചെല്ല് പറയും അവർക്കും ശ്രുതി പ്രമാണമായിട്ടുണ്ട് സച്ച അജാതോ ഹ്യമൃതോ ഭാവോ സ്വഭാവം പറയുന്നു അജാതനായിരിക്കുന്ന അമൃതനായിരിക്കുന്ന സ്വയം സത്തായിരിക്കുന്ന ആത്മാ അതിനെങ്ങനെ ഉത്പത്തി ഉണ്ടാകും അതിനെങ്ങനെ മരണമുണ്ടാകും എന്നൊന്നും ചിന്തിക്കുന്നില്ല എന്നാ കഥഞ്ചന മർത്തിത്വം സ്വഭാവ വൈപരീത്യം ഏശ്വരി അതുകൊണ്ട് ഈ സത്തിന് ഒരു തരത്തിലും നാശം മത്തിത്വം അത് സ്വഭാവ വൈപരീത്യം ഈ പരമാർത്ഥ വസ്തുവിൽ സംഭവിക്കത്തില്ല ആ പരമാർത്ഥത്തിനൊരിക്കലും മാറ്റം സംഭവിക്കുന്നില്ല പരമാർത്ഥി സത്യമായി തന്നെ ഇരിക്കുന്നു സത്യത്തെ വ്യാഖ്യാനിച്ച് നശിപ്പിക്കാനൊക്കത്തില്ല എന്ന അതിനും ശ്രമിക്കുന്നുണ്ട് അത് അസാധ്യമാണ് എന്നാണ് പറയുന്നതിൻ്റെ താൽപ്പര്യം അജാസവ ജാതി വാതിന അജാമൃ ഭാവോ മയതാ കഥം എതി നമൃതം മർം നമു തകൃതിരാവോ കഥഞ്ചിത് ഭ്യസ്മ നവത്യമൃതം ലോകം അമൃതം തഥാ അമൃതമായത് നിത്യമായത് നശിക്കാത്തത് അതൊരിക്കലും നശിക്കുന്നതാകുന്നില്ല ലോകത്തിൽ നോക്കിയാലും അത് തന്നെ അപേക്ഷികമായി നിത്യവുമായി നീക്കുന്ന ആകാശം പോലെയുള്ളത് നശിക്കുന്ന നമ്മൾ കാണുന്നില്ല അമൃതം എന്ന് പറഞ്ഞാലെന്താണ് മർത്യതയില്ലാത്തതാണ് നാശമില്ലാത്തതാണ് നാഭി മർത്യം അമൃതം തഥ അതുപോലെ നശിക്കുന്ന ഒന്നിനും അമൃതഭാവത്തെ പ്രാപിക്കാനും സാധ്യത അത് നിത്യതയെ പ്രാപിക്കുന്നതുമില്ല ലോകത്തിന് നമ്മളങ്ങനെ കാണുന്നുണ്ട് ക്ഷണികമായി ഇവിടെ ഉണ്ടായി നശിച്ചു പോകുന്നതാണും വസ്തുക്കൾ അത് ആകാശവാദികളെ പോലെ അത് നിത്യമായി നിലനിൽക്കുന്നുണ്ട് സത് പ്രകൃതേ സ്വഭാവ അന്യതാഭാവ സ്വതപ്രച്ഛുദരുന്ന കഥഞ്ചിത് ഭവിഷ്യതേ സ്വഭാവത്തിൽ നിന്നുള്ള മാറ്റം പ്രകൃതിയിൽ പോലും കാണുന്നില്ല അങ്ങനെയാണ് നേരത്തെ ആത്മീയുടേയും ഉഷ്ണത്തിന്റെയും കാര്യം പറഞ്ഞത് അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ഈ പരമാത്മ വസ്തുവിൽ എങ്ങനെ മാറ്റം വരും പരവുമായ സത്യം അത് നശിക്കാത്തതാണ് അതിനെങ്ങനെ നാശം സംഭവിക്കും ആ പരമാർത്ഥ സത്യത്തെയാണ് ഇവിടെ ബ്രഹ്മവെന്നും ആത്മാവെന്നും ഈശ്വരൻ എന്നും എല്ലാം പറയും അതിന് മാത്രം എങ്ങനെ പരിണാമങ്ങൾ സംഭവിക്കും മാറ്റം സംഭവിക്കും അതിന് മാറ്റം സംഭവിക്കുന്നില്ലെങ്കിൽ ഈ കാണുന്നതെല്ലാം അതാണ് ആ സത്യം മാത്രമാണ് ഇതെല്ലാം അദ്വൈതമാണ് അദ്വൈതത്തിൽ നിന്ന് അന്യമായൊന്നും ഇല്ലാ അഗ്നിയിൽ ഊഷ്ണിയേസിയ അഗ്നിയിൽ നിന്നും നമ്മൾ കൃഷ്ണത്തെ വേർതിരിക്കാൻ കഴിയാത്തതുപോലെ ആ പരമാർത്ഥ വസ്തുൽ നിന്ന് ഈ പ്രപഞ്ചത്തെ ഈ ദൃശ്യത്തെ വേറെതിരിക്കാൻ സാധ്യമല്ല അത് തുര്യന്റെ ചിത്രസ്പന്ദനമാണ് കുര്യനിൽ നിന്ന് വേർതിരിക്കാൻ സാധ്യമല്ല അതാണ് അദ്വൈതം അജാതം എന്ന് പറയുന്ന അതാണ് നമ്മൾ ധരിക്കുന്ന വാച്യാർത്ഥം പോലെ ജനിക്കാത്തത് എന്നുള്ള ഒരു അർത്ഥത്തിലല്ല പറയുന്നത് അനന്യഭാവത്തിലാണ് അജാതം എന്ന് പറയുന്നത് നമ്മളിവിടെ എല്ലാം ഉണ്ടാകുന്നതും നശിക്കുന്നതുമായി കാണുന്നുണ്ട് അപ്പൊ പറയണ അജാതം എന്ന് പറഞ്ഞു ജനിക്കുന്നില്ല എന്നാണ് നമ്മുടെ അനുഭവത്തിന് വിരുദ്ധമായി വരും അപ്പൊ അവിടെ വാശാർത്ഥത്തെ എടുക്കൽ പറയുന്നത് എന്താണ് നമ്മുടെ ഈ അനുഭവങ്ങൾ ഇതെല്ലാം എന്താണ് അനന്യമാണ് ആ പരമാത്മ വസ്തുവിൽ നിന്ന് അന്യമല്ല ആ പരമാത്മ വസ്തു അജമാണ് അതുകൊണ്ട് ഇതും അജമാണ് പരമാത്മവസ്തു അമൃതമാണ് അതുകൊണ്ട് ഈ കാണുന്നതല്ല അമൃതമാണ് ആ തരത്തിലാണ് ഇവിടെ ബോധിപ്പിക്കുന്നത് അത് നമ്മുടെ സാധാരണ ധാരണയ്ക്കനുസരിച്ചിട്ടല്ലമൃതം മർത്യം നർമൃതം തഥാ പ്രകൃതിരന്യഥി ഭവിഷ്യതി स्वभामृत यो ग मर्यतामृतस्त कथम स्टा निश्चल यनर्वाद स्वभा अमृतो भाव मर्यता गो जायते സ്വഭാവോ അമൃത ഇനി ചിലത് പറയുന്നു എന്താണ് ഇത് ആ പരമാർത്ഥ വസ്തു അമൃതം തന്നെയാണ് നശിക്കാത്തതാണ് പക്ഷെ അത് ഉണ്ടായി നശിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൃഷ്ടിക്കുമുമ്പ് ഇത് അമൃതമായിരുന്നു എന്ന് പറയുന്ന സിദ്ധാന്തമേ അസംബന്ധമായിരുന്നു അമൃതമായിരിക്കുന്ന ഒന്നിന് ഉണ്ടായി നശിക്കാൻ സാധ്യമല്ല ഉണ്ടായി നശിക്കുന്നില്ല എന്നാണ് ഒരു അദ്വൈതത്തിൽ പ്രസിദ്ധമായ ഉദാഹരണമുള്ള രജിസർപ്പം രജിസർപ്പ ഉദാഹരണത്തിൽ നിന്ന് നമ്മൾ സാധാരണഗതി ധരിക്കുന്ന ഒന്നാണെന്താണ് ആ സർപ്പം അസത്യമാണ് സർപ്പമില്ലാത്തതാണോ ഉണ്ടെന്ന് തോന്നുകയാണ് അതുപോലെ പ്രപഞ്ചം ഇല്ലാത്തതാണ് ഉണ്ടെന്ന് തോന്നുകയാണ് ഇതാ ദൃഷ്ടാന്തത്തിലൂടെ മനസ്സിലാക്കാൻ നമ്മളെ മനസ്സിലാക്കി തരാൻ ശ്രമിക്കുന്നതിന്റെ ഒരു ഭാഗം മാത്രയാ വാസ്തവത്തിൽ അത്ര മാത്രമല്ല അതിന്നും മനസ്സിലാക്കേണ്ട അതാണ് ഇവിടെ പറയുന്നത് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനമായ തത്വം എന്താണ് അവിടെ കാണുന്ന ആ സർപ്പം അത് അനന്യമാണ് ജ്ജുവിൽ നിന്ന് വേറിട്ടല്ല ആ ഒരു ഭാഗം നമ്മൾ മനസ്സിലാക്കാതെ അതിന്റെ പകുതി മാത്രം മനസ്സിലാക്കും എന്താണ് അത് അസത്യമാണ് രണ്ടും കൂടി ചേർത്ത് മനസ്സിലാക്കിയാലേ അദ്വൈതം പൂർണ്ണമാകും ഒന്നെന്താണ് അവിടെ കാണുന്ന സർപ്പം സത്യമല്ല അതേസമയം അസർപ്പം രജുവിൽ നിന്ന് അന്യവുമല്ല ആ രണ്ടു ഭാഗവും നമ്മുടെ മനസ്സിൽ പൂർണമായും ഉറച്ചിരുന്നാലേ അദ്വൈത ബോധം അവിടെ ശരിയാകും അല്ലാതെ ഭാഗികമായി ഒരു ഭാഗം മാത്രം മനസ്സിലാക്കിക്കഴിഞ്ഞാൽ അത് ശരിയില്ല അപ്പോ പരമാർത്ഥമായി അന്നിൽ നിന്ന് ഒന്നുണ്ടായി നശിക്കുന്നു എന്ന് കരുതുന്നത് അത് അസംബന്ധമാണ് അങ്ങനെയല്ല കഥം തെറി കൃതകേന അമൃത സ്വഭാവ കൃതകേന അമൃത കഥം സ്ഥാസ് നിശ്ചലം അമൃത സ്വഭാവത്തെ കഥഞ്ചിത് സ്ഥാസ്വിതി ആത്മജാതിവാഹന അപ്പൊ പരമാർത്ഥത്തിലൊന്നുണ്ടായി നശിക്കുന്നു എന്ന് കരുതാൻ പാടില്ല അതാണ് ഇവിടെ പറയുന്നത് ഉണ്ടായിട്ട് എന്തിൽ നിന്നാണോ ഉണ്ടായി അതിന് സത്യമായി കരുതുക അത് ശരിയല്ല അങ്ങനെ ഒന്ന് ഒന്നിൽ നിന്നും നശിക്കുന്നുണ്ടായി രജുവിൽ നിന്നും നശിക്കുന്ന ഒരു സർപ്പം ഉണ്ടായിട്ട് പിന്നെ ആ രജുവിന് നിലനിൽക്കാൻ പറ്റത്തില്ല രജു നശിച്ചേ പറ്റും ഇപ്പൊ രജ്ജുവിൽ നിന്നും നശിക്കുന്ന ഒരു സർപ്പം ഉണ്ടായിട്ടില്ല അങ്ങനെയല്ല മനസ്സിലാക്കേണ്ടത് അവിടെ എന്താണോ പ്രതീതമാകുന്നത് അനന്യമായിട്ടാണ് ആ രജ്ജു തന്നെയാണ് അവിടെ സർപ്പമായി പ്രതീതമാകുന്നത് എന്നുള്ള ഭാഗം മനസ്സിലാക്കിയില്ലെങ്കിൽ ഈ പറയുന്ന കുഴപ്പം വരും സർവതാജം നാമ മാസ്തീവ സർവം ഏത് മർത്യം അതുകൊണ്ടെന്താണോ സൃഷ്ടി എന്ന് പറയുമ്പോൾ ആ സൃഷ്ടികർത്താവ് സദാ അജനായി തന്നെ ഇല്ല അജനിൽ നിന്നും അന്യമായി നശിക്കേണ്ട ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല അന്യമായി ഇവിടെ ഒന്നുണ്ടായി നശിക്കുന്നില്ല അന്യമായൊരു സർപ്പമുണ്ടായി ആ സർപ്പം ഇവിടെ നശിച്ചില്ല അത് തന്നെയാണ് അതോ അന്തർമോക്ഷ പ്രസംഗ എന്റെ അഭിപ്രായ അങ്ങനെ ഒന്നുണ്ടായി എന്ന് വന്നു ആ രജ്ജു അസത്യമായി തീരും പ്രപഞ്ച കാരണമായിരിക്കുന്ന സത്വം അസത്യമായി തീരും അപ്പം പിന്നെ ആർക്കും ആണിവിടെ ആരാണിവിടെ മുക്തനാകുന്നതിൽ നിന്ന് കാരണം നശിക്കുന്ന ഒരുവനും മോക്ഷം സാധ്യമല്ല മരണത്തോടുകൂടി എല്ലാം നശിക്കും പിന്നെ മുക്തനാകാൻ ഇവിടെ ആരും ശേഷിക്കാതെ വരും അനിർമോക്ഷ പ്രസംഗം വരും അതുകൊണ്ട് അദ്വൈതം എന്ന് പറയുന്നത് മിഥ്യാത്വം എന്ന് പറയുന്നത് പോലെ അനന്യത്വവും രണ്ടു ഭാവത്തിലൂടെ അതിനെ മനസ്സിലാക്കിയതിന്റെ അദ്വീതം പൂർണ്ണമാകത്തുള്ളൂ അല്ലാതെ ജഗതി വിഖ്യാതമെന്ന് പറയുന്നതിന് ഭാഗികമായി മനസ്സിലാക്കരുത് അതാണ് ഇവിടെ പറയുന്നത് സ്വഭാവേന അമൃതോ യാവോ ഗച്ഛതി മർത്യതാം കൃതകേന അമൃതസ്ഥ कथमस्ता सेभूतथ वाप्रुति युक्ति यदि नेतरत ും അജാതിവാദിന സൃഷ്ടിപ്രതിപാദിക ശ്രുതർ എന്ന സങ്കച്ചതി പ്രാമാണ്യം ശ്രുതി പൂർവകാന്ഡവും ഉത്തരകാന്ഡവും പ്രമാണമാണ് സ്ഥാനഗതി പറയും അതും പൂർവകാന്ഡം എന്ന് പറയുന്നത് കർമ്മത്തെക്കുറിച്ച് പറയുകയാണ് അതുകൊണ്ട് അതിനെ നിഷേധിക്കേണ്ടാണ് ഉത്തരകാണ്ഡം ഉപനിഷത്താണ് അതാണ് ഞങ്ങൾക്ക് പ്രമാണമെന്നെല്ലാം പറയും അതുമെല്ലാം ബാലപാഠങ്ങളാണ് ശ്രുതി എന്ന് പറയുന്നത് പൂർവ്വ ഉത്തരകാന്ഡങ്ങൾ പൊടിച്ചതെന്നാണ് പ്രമാണമായിരിക്കുന്നത് ശ്രുതിയിലൊന്നും തന്നെ ആത്യന്തികമായി നിഷേധിക്കാനില്ല സൃഷ്ടിപ്രതിപാദികമായ ശ്രുതികൾക്ക് എങ്ങനെ പ്രാമാണ വരുമെന്നാണ് ഇവിടെ ചോദിക്കുന്നത് അതുകൊണ്ട് പറയും പൂർവമീമാംസയും ഉത്തരമീമാംസയും കൂടി ചേർന്നിട്ട് ഏക ശാസ്ത്രമാണ് രണ്ട് ശാസ്ത്രമാണ് ഒന്നിന് വിരുദ്ധമാണ് മറ്റൊരു ശാസ്ത്രം എന്നൊക്കെ നമ്മൾ ബാലഭാഠത്തിൽ പഠിക്കുന്ന ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ് രണ്ടും കൂടിയാണ് എന്ത് ചെയ്യുന്നത് പരമാർത്ഥത്തെ ബോധിപ്പിക്കുന്നത് പരമാർത്ഥം എന്ന് പറയുന്ന അദ്വൈതത്തെ ബോധിപ്പിക്കുന്നത് ഒന്നിന് മാത്രം അത് ബോധിപ്പിക്കാൻ ശേഷി അത് അദ്വൈതം പലതെന്ന് പറയുന്നത് പോലെയാണ് ഇടത്ത കാലത്തൊരാളൊരു പുസ്തകം എഴുതിക്കൊണ്ടു വന്നു പുതിയൊരദ്വൈതം എന്താണ് ഈ അദ്വൈതത്തിന്റെ പ്രത്യേകത ഇത് ശങ്കരാചാര്യന്റെ അദ്വൈതമല്ല ഇത് വേറൊരു അദ്വൈതമാണെന്ന് പറഞ്ഞു വേറൊരു അദ്വൈതം എഴുതി കൊണ്ടുവന്നിരിക്കണം ശങ്കരാചാര്യന്റെ അദ്വൈതമായി തന്റെ അദ്വൈതം രണ്ട് അദ്വൈതം എന്തായാലും അദ്വൈതമെന്ന് പറയുമ്പോൾ പിന്നെ രണ്ടില്ല പക്ഷെ ഒരാൾ രണ്ടദ്വൈതം രണ്ട് അദ്വൈതം എന്ന് പറയുകയും ചെയ്യും ഇപ്പോ എന്താണ് ഒരു അദ്വൈതവും മനസ്സിലായിട്ടില്ല അതുകൊണ്ടാണ് ഈ രണ്ട് അതം വരുന്നത് ശങ്കരാചാര്യരുടെ അദ്വൈതമൊന്നും ബേഹരിലാളിന്റെ അദ്വൈതമെന്ന് പറയുന്ന രണ്ട് അദ്വൈതം വരുന്ന എന്തുകൊണ്ട് ഒരു അദ്വൈതവും മനസ്സിലാകാത്തതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു അദ്വൈതം മനസ്സിലായാൽ പിന്നെ മറ്റേ അദ്വൈതം അവിടെ നിൽക്കും അദ്വൈതം കൂടെ ഇതിൽ അന്തർഭവിച്ചു അവരൻ ഇവിടെ ചോദിക്കുന്നത് നിങ്ങളിതെല്ലാം പറയുമ്പോൾ ശ്രുതി പൂർണ്ണമാകുന്നതൊക്കെ പ്രമാണമാണോ അവിടെ സൃഷ്ടിയെ കുറിച്ച് പറയുന്ന വാക്യങ്ങളുണ്ടല്ലോ അത് നിങ്ങൾ പ്രമാണമായിട്ട് എങ്ങനെയെടുക്കും ഇതിന് ഒരു തരത്തിൽ സമാധാനം പറഞ്ഞതാണ് പറയുന്നു നിങ്ങൾ പറയുന്നത് ശരിയാണ് സൃഷ്ടിയെ പ്രതിപാദനം ചെയ്യുന്ന ശ്രുതികളുണ്ട് കർമ്മത്തെക്കുറിച്ച് പറയുന്ന ശ്രുതികളുണ്ട് പക്ഷേ സാധു അന്യപര ഉപായതാരായ നേരത്തെ ഞാനതിനു സമാനം പറഞ്ഞോ എന്താണ് ഇതെല്ലാം ഉപായസ്വതാരായ അദ്വൈത ബോധത്തെ ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മറ്റൊരു ഉപായമാണ് അല്ലാതെ രണ്ട് അദ്വൈതമുണ്ടെന്ന് പറയുന്നേ അതുകൊണ്ട് ശങ്കരാചാര്യന് പറഞ്ഞ അദ്വൈതത്തെ അപ്പുറം പോകുന്ന ഒരു അദ്വൈതം ഉണ്ടാക്കിയിട്ട് ശങ്കരാചാര്യ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല രണ്ടദ്വൈതത്തിനൊരിക്കലും നിലനിൽക്കാൻ സാധ്യമേയല്ല ശ്രുതി ഏകശ്രുതിയാണ് ശ്രുതിയുടെ താല്പര്യം തന്നെ എന്താണ് അദ്വൈതത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഒന്നിനു വിരോധമാണോ മറ്റൊരു ശ്രുതി അങ്ങനെ ഒന്നും വരത്തില്ല പരമാർത്ഥത്തിന് ഇതിന്റെ എല്ലാം താല്പര്യം എന്താണോ ഏത് ഭാഗത്തിന്റെയും താല്പര്യം ഇതിനെ ബോധിപ്പിക്കാനാണോ ഓരോ തരത്തിലും വേറെ രീതിയിലത് ബോധിപ്പിക്കുന്നുണ്ട് ചിലടത്ത് അർത്ഥവാദപരമായി ബോധിപ്പിക്കും ചിലടത്ത് വിധി മുഖേന ബോധിപ്പിക്കും ചിലയിടത്ത് നിഷേധം മുഖേന ബോധിപ്പിക്കും ഏത് തരത്തിലായാലും അത് അദ്ദേഹത്തെ തന്നെ എത്തിച്ചേരും പറയുന്നു ഇതിനൊക്കെ സമാധാനം പറഞ്ഞു കഴിഞ്ഞാണ് വീണ്ടും ചോദിക്കും സംശയം അതുകൊണ്ട് വീണ്ടും പരിഹാരം പറയേണ്ടി വരുന്നു എന്നിട്ട് വിഷയം ചർച്ച ചെയ്തതാണ് വേദതരത്തിൽ പക്ഷെ വീണ്ടും ചോദിച്ചാൽ സമാധാനം പറയണോ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ മുമ്പ് കേട്ടത് തന്നെയാണെങ്കിലും ഓരോ തവണ കേൾക്കുമ്പോഴും നമുക്ക് പുതിയതായി അനുഭവപ്പെടുന്നത് പോലെയാണ് കാരണം മുമ്പ് കേട്ടത് മനസ്സിലിരിക്കാത്തതുകൊണ്ട് വീണ്ടും കേൾക്കുമ്പോൾ പുതുതായി അനുഭവപ്പെടും അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് ഉക്തേവി പരിഹാരം പുനഃചോദ്യ പരിഹാരം സമാധാനം പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും സമാധാനവും കാരണം മനസ്സതി കുറയ്ക്കുന്നില്ല മനസ്സിന് ഇതെന്നും എന്താ ഇരിക്കുന്നത് മനസ്സിന് ഇതിൽ മനസ്സിൽ ഇതിനെ ഇരുത്താൻ ശ്രമിക്കുന്നു മനസ്സിന് മനസ്സിലെന്താണോ ഈ ലോകവും ഈ ലോകത്തിലെ വ്യവഹാരങ്ങളും മനസ്സിരിക്കുന്നു അങ്ങനെ ലോകവ്യവഹാരത്തിന് മൊഴിയിരിക്കുന്ന മനസ്സിൽ ഇവിടെ പറയുന്ന അദ്വൈതത്തെ പിടിച്ചിരുത്താൻ ശ്രമിച്ചാൽ അവിടെയിരിക്കും അതവിടെയിരിക്കത്തില്ല അപ്പൊ വീണ്ടും ചോദ്യങ്ങളും വരും വീണ്ടും പരിഹാരങ്ങളും വരും ഇതിങ്ങനെ നീണ്ടുപോകും വിവക്ഷിതാർത്ഥം പ്രതി സൃഷ്ടി ശ്രുതി അക്ഷരാണൂമി വിരാധ വിശങ്ക മാത്ര പരിഹാരാർത്ഥവും എന്നാലും ഒരു പുതിയ രീതിയിലൊരു ചോദ്യം പുതിയ രീതിയിലൊരു മറുപടി വേണ്ടതിനെ മാറ്റാവുന്ന പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു എന്നാലും ഇവിടെ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് ഈ സൃഷ്ടി ശ്രുതികൾക്ക് ഒരു പ്രത്യേക ക്രമമുണ്ട് കാരണം സൃഷ്ടിശ്രുതി തന്നെ ഒരേ തരത്തില്ല പലതരത്തിൽ പറയുന്നുണ്ട് സൃഷ്ടിശ്രുതി ഒരിടത്ത് പറയും ആകാശമുണ്ടായി ഒരിടത്ത് പറയും ആദ്യം തേജസ് ഉണ്ടായി ീതരത്തിൽ പലതരത്തിലുള്ള സൃഷ്ടി ശ്രതികളുണ്ട് പലതരത്തിലുള്ള സൃഷ്ടിയുണ്ടായോ ഒന്നിനെ നിഷേധിച്ചു ഇനി മറ്റുള്ളവ നിഷേധിക്കാനുണ്ടോ ഈ തരത്തിലുള്ള ഇതിനെ സംബന്ധിച്ച് പല സംശയങ്ങളുണ്ടാവും വേദത്തിൽ നിന്നും തത്വത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർ അപ്പൊ അവർക്ക് വേണ്ടി അവരുടെ സംശയങ്ങൾക്കനുസരിച്ച് പുതിയ മറുപടി പറയുന്നെടുക്കാം ഭൂതഥ പരമാർത്ഥത സൃജ്യമാനെ വസനി അഭൂത് മായുവ മായാവിനായ സജ്ജമാന വസനി സമാ തുല്യ സൃഷ്ടിസ്തുതി സൃഷ്ടിയെ സംബന്ധിച്ച് പറയുന്ന ശ്രുതികളുടെ എല്ലാം താൽപ്പര്യമൊന്നുമില്ല ചിലയിടത്ത് നമുക്ക് തോന്നും പരമാർത്ഥത്തിലുള്ള സൃഷ്ടിയെ കുറിച്ചാണ് പറയുന്നതെന്ന് തോന്നുന്നു ചെലയിടത്ത് തോന്നും കൽപ്പിതമായ സൃഷ്ടിയെ കുറിച്ചാണ് പറയുന്നതെന്ന് തോന്നുന്നു അവിടെയെല്ലാം ഒരു സത്യം മനസ്സിലാക്കണമെന്താണ് സൃഷ്ടി ശ്രുതിയുടെ താറ്റിൽ വന്ന് ഇതാണ് ഈ സൃഷ്ടി പരമാർത്ഥമല്ല എന്ന് ബോധിപ്പിക്കുകയാണ് ആ രീതിയിൽ മനസ്സിലാക്കണം അവിടെ ഏതെങ്കിലും ഒരു പ്രത്യേക സൃഷ്ടിക്ക് പ്രാധാന്യം കൊടുക്കുന്നു കാരണം ഇതിനെക്കുറിച്ചൊക്കെ ആൾക്കാർ ഗവേഷണം നടത്തുന്നു വേദത്തിൽ സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു ഒരിടത്ത് സൃഷ്ടിയെക്കുറിച്ച് ഒരു തരത്തിൽ പറഞ്ഞു വേറെ സ്ഥലത്തിൽ വേറൊരു തരത്തിൽ പറഞ്ഞു വേദത്തിൽ നിന്ന് വാസ്തവത്തിൽ നമുക്ക് സൃഷ്ടിയുടെ രഹസ്യം മനസ്സിലാക്കാൻ പറ്റുമോ അങ്ങനെ വേദത്തെ പിന്തുടർന്ന് അന്വേഷണങ്ങൾ നടത്തുന്നു ഇവിടെയും വേദത്തെ പിന്തുടർന്ന് തന്നെ അന്വേഷണം നടത്തുന്നു പക്ഷെ ഭക്ഷ്യകാരം പറയുന്നത് എന്താണോ വേദത്തെ പിന്തുടർന്ന് അന്വേഷണം നടത്തുന്നതെന്ന് വേദം ഒരു കാര്യം ബോധിപ്പിക്കുന്നു എന്താണ് ഈ സൃഷ്ടി പരമാർത്ഥമല്ല ആ സൃഷ്ടി സൃഷ്ടാവുന്നതെന്ന് അന്യമല്ല ഇത്രമേ വേദത്തിന് ബോധിപ്പിക്കാൻ താൽപ്പര്യമോ അല്ലാതെ സൃഷ്ടിയുടെ വൈചിത്യമോ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള സൃഷ്ടിയുടെ കാര്യകാരണ ബന്ധങ്ങളോ അതൊന്നും ബോധിപ്പിക്കാൻ വേദത്തിന് താൽപ്പര്യമില്ല എന്തുകൊണ്ട് അതൊന്നും ബോധിച്ചിട്ട് പ്രയോജനമില്ല വേദം സൃഷ്ടി എന്തിനു ബോധിപ്പിക്കുന്നു പരമാത്മാവിനെ ബോധിപ്പിക്കാൻ വേണ്ടി പരമാത്മാവിനെ ബോധിക്കുന്ന എന്തിനു വേണ്ടി ഈ സൃഷ്ടിയിൽ നിന്ന് സ്വതന്ത്രനാവാം മുക്തനാകാൻ വേണ്ടി അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ബോധിപ്പിക്കുന്നതിനാണ് വേദം അത് മനുഷ്യബുദ്ധി പ്രണീതമല്ല മനുഷ്യബുദ്ധിപ്രഭവമല്ല അതുകൊണ്ട് അതിന് ലൗകികമായ കാര്യങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല അതിന് മനുഷ്യന്റെ ബുദ്ധിയുണ്ട് അവനത് കണ്ടുപിടിച്ചോളൂ അലൌകികമായ അതീന്ദ്രിയമായ സത്യങ്ങളെയാണ് വേദം വെളിപ്പെടുത്തുന്നത് അത് പരമാർത്ഥത്തെ ബോധിപ്പിക്കുന്നത് ത്വത്തെ ബോധിപ്പിക്കുന്നു അതിനുവേണ്ടിയാണ് വേദം അവിടെ അതെങ്ങനെ ബോധിപ്പിക്കുന്നു ഈശ്വര തത്വത്തെ ഈ പ്രപഞ്ച സൃഷ്ടികർത്താവായും ഈ പ്രപഞ്ചത്തെ അതിൽ നിന്ന് അനന്യമായും ബോധിപ്പിക്കുന്നു വേദം അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയുള്ളതാണ് വേദത്തിൽ നിന്ന് അത് മനസ്സിലാക്കിയാൽ മതിയെന്നാണ് ഇവിടെ ആചാര്യസ്വാമിയുടെ അഭിപ്രായം ബാക്കി സൃഷ്ടിയുടെ രഹസ്യങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള കാര്യകാരണ രൂപത്തിലുള്ള സൃഷ്ടിയെക്കുറിച്ചുള്ള അന്വേഷണങ്ങളും പഠനങ്ങളും എല്ലാം നടത്താൻ മനുഷ്യന്റെ ബുദ്ധിമതി അതിന് വേണ്ടി ശ്രുതിയുടെ ആവശ്യമില്ല ശ്രുതി അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്